അന്നഹുമാ മധമോമാണി ഔ മഹമൂദാണി ഇൽമുൽ കലാമും ഇൽമുൽ ഫൽസയും മഹമൂദാണോ മധമൂമാണോ എന്നും നിങ്ങളെന്താക്കിട്ടില്ല പറഞ്ഞു കാണുന്നില്ലല്ലോ നമുക്ക് തെറ്റാ നിങ്ങൾ കുറെ തെക്കിന്റെ പ്രതി വിഹാരം പെട്ടതിലോ പറഞ്ഞ കൂട്ടത്തിലൊന്നും നിങ്ങൾ എന്താ ഇൽമുൽ കലാമോ പരസഫ് എണ്ണീരില്ല അത് മഹമൂദായി കൂട്ടണമോ മഹ മതുമൂമായി കൂട്ടണമോ എന്നും നിങ്ങൾ പറഞ്ഞു കാണുന്നില്ല ഫാനം അതിന് പറയുക അന്ന ഹാസിലി ഇൽമുൽ കലാം ഇൽമുൽ കലാം ഉൾക്കൊള്ളുന്ന ചില വിഷയങ്ങളുണ്ട് അതിന്റെ വലുഹാസില എന്താ മിനൽ അതില്ല അതിൽ നിന്ന് ഉപകാരപ്രദമായ കുറെ ദടീലുകൾ ഉണ്ടാവും െ അതാണെങ്കിലോ ഖുർആാനും ഹദീസിന് ഇഷ്ടം പോലെ കിട്ടുന്ന അപ്പോ ഖുർ ഹദീസും പഠിച്ചാൽ ഏത് കിട്ടി ഈ ഉപകാരപ്രദമായ ദലീലുകൾ കിട്ടിക്കഴിഞ്ഞു ഇനി ഉപകാരപ്രദമല്ലാത്ത വേറെ നീണ്ട കലാമുകളല്ലേ അത് പുറന്തള്ളിയും പോണം അപ്പൊ പിന്നെ കലാമിന് ആവശ്യമില്ലേ വേണ്ടതാണെങ്കിൽ ഖുർആാനും ഹദീസിലുണ്ട് വേണ്ടാതാണ് തള്ളിയും ചെയ്തെന്ന് പറഞ്ഞാൽ പിന്നെ തീർന്നല്ലോ അല്ല അഫൽ ഖുർആാനും അല്ലാതും മുസ്തമിലെത്തുന്നേ ഖുർആാനും ഹദീസും അത്തരത്തിലുള്ള ഉപകാരപ്രദമായ ദലീലുകൾ ഒരുമിച്ചു കൂട്ടിയിട്ടുണ്ട് ഹദീത്തിന്റെയും പുറത്തുള്ളതോ ആശയബാർഹമായ മോജാദലിയായിരിക്കും ഓരോ പാർട്ടിക്കാരോട് അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൂടുന്ന പരിപാടി അതാണെങ്കിലോ വിജത്തിപ്പെട്ടതാണ് വിശദീകരണം അടുത്തു പറയാമെന്ന് ഒന്നെ ഇതിന്റെ പല പാർട്ടിക്കാറും ഇല്ലേ ഓരോ പാർട്ടിക്കാരും പരസ്പര വൈവിധ്യമായിട്ട് പറഞ്ഞ ഓരോ രേഖകൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സിറ്റിനടക്കി വിടലാണ് ഒന്നിക്കലുണ്ടായി ഓർ ഇന്ന സ്ഥലത്ത് പറഞ്ഞു ഇന്ന സ്ഥലത്തെത്തുമ്പോൾ ഇന്നത് മാറ്റി പറഞ്ഞു അവർ നമ്മളിപ്പോ നടക്കുന്നതല്ലേ ഓർ ഇന്ന രേഖയുടെ ബുക്ക് മൂന്ന് പേജ് അഞ്ച് വരി ആറിലുണ്ടാക്കി ഇന്നത് പറഞ്ഞ് കുറച്ച് നോക്കുമ്പോൾ പറഞ്ഞു ഗൾഫിന് ഇങ്ങനെ പറഞ്ഞ് കേരളത്തിലെത്തി ഇന്നത് പറഞ്ഞു ഈ മുനാ കലാത്ത് എടുത്തുദ്ധരിച്ചിട്ടുണ്ടാക്കും അങ്ങോട്ടും ഇങ്ങോട്ട് കണ്ട കൊള്ളില്ലാന്ന് ഒന്നിക്കലുണ്ടാകില്ല ഓ തീയിലും ഇനി ചില കലാമകൾ എടുത്തുദ്ധരിച്ചിട്ട് നീട്ടി പറയലേ അല്ല തീർത്തും അതിൽപ്പെട്ട അധികം ഉണ്ടെന്ന് വെറും വാതിലും വെറും പിച്ചും പെയ്യും പറയലാ കാതരില്ലാത്ത വാക്കുകളായിരിക്കും നല്ല പ്രകൃതി അതിനെന്താക്കും ഞാൻ നിർത്തി കിട്ടിയെങ്കിൽ പറയും എന്തെല്ലാം അവതരിപ്പിക്കുന്നു നമ്മുടെ സമയം കളിയാൻ വ തമജ്ജുഗൽ നസുമാ നല്ല സന്തകൾ അതിനെന്താക്കും അവഗണിച്ചു കളയുന്ന തരത്തിലുള്ളതാണ് വാദുഹൗനൻ സീമാല എതാ ലൊക്കെ ബിദ്ദിയും എന്ന് പറഞ്ഞ ഇൻമുൽ കലാമിൽപ്പെട്ട ചിലതങ്ങനെ നിറയോ ധീരുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത ചില കാര്യങ്ങളിലുള്ള ആഴത്തിലുള്ള ചർച്ചകളായിരിക്കും അപ്പൊ അതൊക്കെ ഒഴിവാക്കപ്പെടുന്നു ആവശ്യമുള്ളതോ അത് ഖുർആാനൽ ഹദീസിലുണ്ടെന്നാണ് അപ്പൊ ഇൽമുൽ കലാമിനോ തീരെ എന്നാ തന്നെ അതിനാ കഴിച്ചു പറക്കിയാൽ എടുക്കേണ്ടതാണെങ്കിൽ കുമാരൻ ഹരീദും കിട്ടി വേണ്ടതോ തള്ളിക്കളയും ചെയ്തു കൊണ്ടിരുന്നു വലം ഞക്കും ഈ പറയപ്പെട്ട ഒന്നുമായിരുന്നില്ല മകരൂപം പിന്ന ആദ്യത്തെ കാലഘട്ടങ്ങളുണ്ടല്ലോ ഹൈൽ ഖുറൂനി അതിലൊന്നും അറിയപ്പെട്ടതായിരുന്നില്ല വഖാനുൽ ബിൽക്കുൽ നൽകിയതായി അതുകൊണ്ട് അതിലുള്ള ആഴത്തിലുള്ള ചർച്ചകളുണ്ടല്ലോ അത് മുഴുവനും വിതരയിൽപ്പെട്ടത് തന്നെയാണ് പക്ഷേ ഇന്ന് അതിന്റെ വിധി മാറ്റി പറയേണ്ടി വന്നു വിദേഹത്തിന് വന്നു നാടകൂലക്ത അനുസരിച്ച് തെറ്റിച്ചളയുന്ന പലതരത്തിലുള്ള വിദേഹത്തിൽ ഹാദിത്തായി വന്നു ൾ എന്താറിയോ വളരെ ആഴത്തിൽ പഠിക്കാൻ കഴിഞ്ഞു ലത്തക്കൂര ഈ വിദേഹത്തിന് വേണ്ടി അവർ എന്താക്കിന്നറിയോ തട്ടിക്കൂട്ടി ഒപ്പിച്ച് സുബഹൻ പലതരത്തിലുള്ള ശുബഹാത്തുകളും ഈ വിദേഹത്തിനെ നന്നാക്കി കാണിക്കാൻ വേണ്ടിയേ തൾഫി വറുത്ത ഭൂസിഹ കലാമൊല്ല നല്ല ഒരുമിച്ച് കൂട്ടിയുണ്ടാകപ്പെട്ട കലാമകൾ നമ്മൾ തിർത്തീപാക്കുകയും ചെയ്തു ഇപ്പൊ സോറതാനിക്കൽ മഹദൂറു അതുകൊണ്ട് മുമ്പ് നാം ഉപേക്ഷിക്കാൻ മഹദൂറുണ്ടല്ലോ ഈ ആയുധം കീഴിലെടുക്കേണ്ടി വന്നുപോയതാണ് ഇൻ നറൂറ ഇപ്പൊ നറൂറത്തിന്റെ കാരണത്താൽ മഹദൂര സിഹി തോറാന്റെ ഹവറ് അത് ആ മഹദൂറായ കാര്യം നറൂരത്ത് വന്നപ്പോൾ മഹദൂര സിഹിയായി മാറിപ്പോയിരിക്കുന്നു വൽ എന്ന് മാത്രമല്ല മറുതോൽ തീ എന്ന് പറഞ്ഞാലും പാടാ സാറവിൻ പുറോതിൽ കിഫായ കിഫായിൽപ്പെട്ടതായി മാറിപ്പോയിരിക്കുന്നു പക്ഷെ എല്ലാം പ്രതി കിഫായല്ല ബഹുവൽ കഥുള്ള തീ യു കാബര മീയിൽ മുബത്തതി ഓ മുബത്തതിയായ ഒരു മനുഷ്യനോട് മറുപടി പറയാനാവശ്യമായ ആ കതിട് മാത്രമേ വറുതുകിഫായിൽപ്പെടുകയുള്ളൂ അതിനപ്പുറം ഇപ്പോഴുള്ളതൊന്നും പെടൂല എപ്പോഴും ഇതാ കഥ തന്നാവാത്ത ഇതിൽ വിദേഹത്തിൽ വിദേഹത്തിലേക്ക് അവൻ ക്ഷണിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന അവസരത്തിൽ ഓനെ വിദഗ്ധനായ അങ്ങ് നടക്കേന്ന് ഓനെ കൊണ്ട് കവർന്നില്ലേ എന്നാൽ പിന്നെ വാടക ഇരിക്കട നമുക്കൊന്ന് വളം പ്രചാരം നടത്താൻ ആരാ തോക്കുന്നു ആരാ ജയിക്കുന്നതാ ഇന്നിനി കുഴപ്പത്തിനിക്കുന്നു ഓനോനെ വിളിക്കോട്ടെ മനസ്സിലായി ഞാപ്പ പലതരത്തിലുള്ള വിദേഹത്തിൽ രംഗത്ത് വന്നപ്പോൾ കണ്ട് അതിനെതിരായി പറയേണ്ട എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നു പോയിട്ടുണ്ട് അതാ മുഖത്തീനെ എതിർക്കാൻ ആവശ്യമായ കഥന് മാത്രം അത് മദാലിക്കൽ നിശ്ചയിക്കപ്പെട്ട അളവിലേക്ക് മാത്രമേ ഉള്ളൂ ഇതിന്റെ തൊട്ടടുത്ത ബാബിൽ അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാൻ പോകുന്നുണ്ട് എന്നാണ് പറഞ്ഞാലല്ലേ എന്നിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് ജീവിച്ച പണ്ടേ പറയാം എന്തായാലും ഇതെല്ലാണ്ട് മുന്നിട്ട് വളർത്തൊരു പരിപാടി അതിനൊരു പന്തി അതിന് കൊട്ടിയും കെട്ടി ജോലത്തിൽ നിന്നില്ല അതുകൊണ്ടാണ് അനിമൽ കരാം ഇതിൽ ചെറുക്കാതെ വിട്ടുകളഞ്ഞതെന്ന് പറഞ്ഞാൽ ഇനി ഫലസഫ ഫുണ്ട് രണ്ട് തരം അനിവാര്യമായിട്ടൊരു വിഷയമുണ്ട് ബാക്കി കംപ്ലീറ്റ് ബണ്ണത്തരങ്ങളുണ്ട് എന്താ പറയുന്ന വാമൽ ഫലസഫത്തോ ഇനി ഫലസഫ എടുക്ക ഫലത്തെ എൽമം പിറക അതെ തരിച്ചൊരിമൊന്നുമല്ല ബൽ അറബ് അതിഥായി നാല് ജുസുകൾ ആ രീതിയിലുള്ള ഫലസഫയിലെങ്കിലും അതിൽ പെട്ടൊന്നറിയോ അൽ ഹിതാബ് ഈ ജോറട്ടറിയും മറ്റേ കണക്കും ഉണ്ടല്ലോ മാത്തമാറ്റിക്സും അതുണ്ട് അതൊരളവോളം നമുക്ക് വേണം ബഹുമാണി അത് വേണ്ടത് എന്താന്ന് കമാർന്നല്ല വലാഹനുമാ രണ്ടിനെ തൊട്ടും തടയുവല ഇല്ലാമിൻ അനാവശ്യമായ കുറെ ഒഴിവുകളിലേക്ക് എത്തി അതിരിവിട്ടു കടന്നേക്കുമെന്ന് പേടിക്കാൻ നാളെ എല്ലാവരും അടയേണ്ടതില്ല ഒരു ഹന്തസയും പഠിച്ചോട്ടെ ഹിസാബും പഠിച്ചോട്ടെ അന്തസ്സം എന്ന് ബിൽഡിംഗ് പ്ലാനിംഗ് അയാളുടെ എഞ്ചിനീയർക്ക് ഹന്തിസ് എന്ന് വേരി മറ്റ മാത്ത മാറ്റി പിന്നെ അക്സരൻ ഉമാരിസീന ഈ ഹസയും ഇൽമൽ ഹിസാബും കൈകാര്യം ചെയ്യുന്ന അധികം അത് സഹജവും ഇങ്ങുമ അത് രണ്ടിൽ നിന്നും അവർ പുറത്തു പോയിട്ട് എവിടെ എത്തിരൽ വിദേശം പലതരത്തിലുള്ള വിദേശത്തിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ട് നീരൽ ആവശ്യമില്ലാത്ത പലത്തിലേക്കും അനാവശ്യമായ മോഡിഫൈ ചെയ്യാനും ഓരോരും ബണ്ടത്തരങ്ങൾ ഉണ്ടാക്കി പേഴ്സലൊക്കെയുള്ള മോഡി ഡെക്കറേഷനിലേക്കല്ലെത്തിച്ചിരുന്നില്ലേ അപ്പൊ പൈസാനൊന്നും നണീഫ് അംഗ്മാ അപ്പോൾ നണീഫാൽ ആളുകൾ എന്താക്കണം അങ്ങോട്ട് എടുക്കാൻ പാടില്ലാതെ എടുക്കണം എന്തിന് ലാലി അനിഹിമ ഈ ഹൈമൽ അല്ല അതുകൊണ്ട് മറ്റൊരു ദൂഷ്യം തരുമെന്ന് പേടിച്ചിട്ട് അങ്ങനെയെ സബിയു സബീനല്ലേ വേണ്ടി സബീന കമാ യുസാൻ സബിയുൻ ചെറിയ കുട്ടികളോട് എന്ത് പറയും പോന്റെ പൊക്കത്തിനല്ലേ റോഡുമതിയല്ലേ റോഡ് കടക്കായതുകൊണ്ടാണ് എല്ലാം വേറൊന്നും അപകടം പറ്റി പോകണ്ടാന്ന് മേടിച്ചിട്ടാണ് അവരോട് പറഞ്ഞാൽ അങ്ങോട്ട് പോണ്ടാന്ന് പോയി പുഴന്റെ വക്കത്ത് നിൽക്കാൻ പാടില്ല എന്ന് ആരോട് പറയുന്നത് ഞങ്ങൾ ചെറിയ കുട്ടിനോട് പറയുന്നു എന്തിനാ ഹീപ്പ തന്നെ അലെഹിഫിൻ നെഹ്റു പുഴയിലേക്ക് വീണക്കെണ്ടാന്ന് മേടിച്ചിട്ടാണ് അതല്ലാണ്ട് പുഴയിൽ വിറക്കുണ്ടായതുകൊണ്ടൊന്നല്ല വക്കമായു ഹനീസ് ഹനീസുൽ ഇസ്ലാം അടുത്ത കാലത്ത് ഇസ്ലാമായ അവനെന്താ പറയുന്നത് ആൻ മുഖാലത്തത്തിൽ കുഫാൻ നിങ്ങൾ കുഫാന്റെ കൊടുത്തിട്ട് പോയിരിക്കല്ലേ എന്ന് പറഞ്ഞു എന്താണ് ഇവന്റെ ഹിമാ പ്രസാദയ്ക്ക് തിരിച്ചു കൊണ്ടപ്പോയപ്പോ നീ എന്തിനാടാവണന്മാറി അങ്ങനെ ഇങ്ങനെ അവനുണ്ട് ഇസ്ലാമിന് പുറം പറഞ്ഞിട്ടുണ്ടാക്കും അവനെ വെച്ചുവിട്ടി കൊണ്ട് പോയപ്പോലേ ഏതോടൊപ്പം ആൻ എൽ കവിയിലായും തമ്മില മുഖാലത്ത ഏതോടൊപ്പം കവിയായ ആളന്നെ ആയാലും കുഫാറിന്റെ കൂട്ടത്തിൽ പോയി കൂടിക്കാണെന്ന് പെരുമാറണമെന്ന് അവനോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല അപ്പൊ നൈഫായ ആളുകളെ ഒട്ടും കൂട്ടാൻ പാടില്ല ഇതാണ് അതിന്റെ സ്ഥിതി അപ്പോ ഹന്തസ ഹിസാബ് ഒരളവോളം പഠിക്കുന്നതിന് ഒരു ഏതുമില്ലാന്നും പറഞ്ഞു ഇനി രണ്ടാമത്തെ ഭന്താണെന്ന് അറിയാൻ മന്തിക്കാണ് മന്തിക്കാണ്ടത് വഹുമ വശത്തിൽ രണ്ട് വധികൾ സറുവത്തി ആ മന്തിൽ എന്താ ഒരു ദരിയിൽ ഒരു ദരിയിലായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അതിന്റെ കർമ്മം കലാ തസ്സീബാക്കി കൊണ്ടുവരേണ്ടത് അതിനെന്തൊക്കെ സുഹൂത്ത് വെക്കണം അതിന്റെ ഷുഗർ എങ്ങനെയായിരിക്കണം കുബർ എങ്ങനെയായിരിക്കണം ഇതുവരെ തന്നെ അതുപോലെ ഹദ്ഫറിൽ നിന്നും അതിന്റെ സുറോത്തുകൾ ബഹുമാ ദാഹലാനക്ക് ഇൻമുൽ കലാം ഇതാണിമൽ കലാമിൽ പൊട്ടുപോയിട്ടുണ്ടായിരുന്നു മന്ദിക്ക് ഇൻമുൽ കലാമിനെ മുമ്പായിട്ട് ഉണ്ടാവും മന്തിക്കുണ്ടാവും വന്ധിച്ച് വേണ്ടേ അത് ഷർദി ആ കളിയാണോ അത് മുഖദ്ദമാണോ താരിമൊക്കെ പറഞ്ഞു ചർച്ച ചെയ്യാൻ അപ്പൊ താരി പോയപ്പോ മുക്കമ പോയിന്നൊക്കെ പറയുന്നില്ലേ അതാ ആ മൂന്നാമത്തേതോ ഇലാ ഇലാത്ത് ബഹു ബഹട്ടുനെ കുറിച്ചുള്ള ചർച്ചയാണ് ബഹുവദാഹർ കലാമിൽ കലാമിന്റെ അഖീലിന്റെ വിഷയത്തിൽ അങ്ങോട്ട് പോയല്ലോ അപ്പോ ചുരുക്കത്തിൽ എന്താ ഇതിന് പലസപ്പഹരി വെച്ചോക്കുമ്പോൾ പൊളിച്ച് ഓഹരി വെച്ചാൽ ആകെ ഹെയും ഇസാമി എടുക്കാറുള്ളൂ നാലാമത്തേതോ ഈ കലാമി എടുക്കുന്നുല്ലേ പറഞ്ഞത് ആ ഇൽമുൽ കലാമി പറഞ്ഞതിനകം കൂടുതലൊന്നും ആര് പറഞ്ഞിട്ടില്ല പലസപ്പത്താറ് പറഞ്ഞിട്ടില്ല എന്നാണ് നിങ്ങളല്ലേ ഇൽമുൽ കലാമ് വിട്ടിട്ട് ഫൽസഫനെ ആഗ്രഹിച്ച കുറച്ച് ഫായ് ഉണ്ടെന്ന് പറയാനുള്ളൂ ഈ ഇലാഹിയാത്തിൽ അവർ പ്രത്യേക തനിച്ചിട്ടില്ല ഒരു പ്രത്യേക നമത്ത് കൊണ്ട് സ്പെഷ്യലിസ്റ്റ് ഒന്നും ആയിട്ടില്ല എന്നാലാന്ന് നക്കറി ഇൽമുൽ കലാമിനാക്കാനുള്ള ഫാദ് എവിടെയുണ്ട് ഫൽസഫയിലുള്ള ഇലാഹിയാത്തിലുണ്ട് എന്ന് പറയാനുള്ളൂ അത്ര പോലും ബലയും പരോതോമി മതാ ഹിബ എന്ന് മാത്രമല്ല ഈ പലസപ്പക്കാർ ആ വിഷയത്തിൽ പല മതഹബളായി മാറിയിരുന്നു പല മതഹബ് എന്നാണ് ബാബുഹാ കുറു ചിലത് കുര്യത്ത് തന്നെയാണ് കാരണം അവർക്കെതില്ല അഹിസുന്ദത്തൊന്നോ പിന്നെ മുരറ്റത്തിൽ നിന്നോ അങ്ങനത്തൊന്നും വെക്കൂല്ല ആശയത്തിന് മതിലുള്ള ഏതാണോ അതെടുക്കാമെന്നേ പൽസപ്പക്കാർക്ക് ഏതില്ല ഇത് അഹിരുസന്താകണമെന്നില്ല ആക്കുന്നില്ല ഓർ പറഞ്ഞ ന്യായത്തിനോടൊക്കെ എടുത്തില്ല അത് ചിലപ്പോൾ മതത്തിലാക്കാൻ ഒക്കുന്നുണ്ടായില്ലേ ാണ് ഏതുപോലെ കമാ അന്നൽ ഏറ്റിത്താല ലൈസ ഇൽമം പിറകി ഏറ്റിത്താലോ മോട്ടതിരിയാവൽ എന്നുള്ള പ്രത്യേക ഇൽമല്ല പ്രത്യേക ഇൽമെന്നല്ല ഒരു പാർട്ടിക്കാണ് അങ്ങനെ ആയി വന്നതാണ് നോക്കടാ ബാഹാബുമോ സോ ഇപ്പത്തുമൊരു മുത്തക്കല്ല മൊത്തക്കല്ലിനിപ്പെട്ട ഒരു തായ്ഫത്താണ് ആരായി മാറിയത് പിന്നീട് മൊത്തത്തിരിയായി മാറിയത് അതുപോലെ വാഹന ഉൽമഹത്തി വല്ലവരി ബാത്തിലായ ചില മതഹമ്പ് കൊണ്ട് സ്വന്തം നിലക്ക് നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടറാണ് ആരും മറ്റെതിരിയായിട്ട് മാറിയത് അപ്പൊ നമ്മൾ നിങ്ങളെ പൊക്കത്തിലും നിങ്ങളെ മുഖ്യധാരയിൽ നിന്നെല്ലാം പുറത്തു വച്ചാൽ വേറെ ചിന്താഗതിക്കാളാകുന്നു ഉറപ്പുവാൻ മറ്റൊക്കെ പറയും പോലെ ഒരു പോക്കാണത് എന്നിട്ട് അവര് പ്രത്യേക ഇന്ന് മുന്നോട്ട് കഥായിരിക്കൽ ഫലാസിന് തന്നെയാണ് ഫലാസി പൊതു തെറ്റി പിരിഞ്ഞു പോയത് ആ രീതിയിൽ തന്നെയാണ് ഇത് വറാബിയോ നാലാമത്തെ ദുതികുന്ന് പറഞ്ഞില്ലേ അതേതാ തെബേലിയാത്ത തെബയ്യാത്തുവച്ചാൽ ഈ മുജുവതിനും മാതകൾ വേണം സാധന ആകാശം ഭൂമി നക്ഷത്രം ഗോളങ്ങൾ മുതലായവ ഇതാണ് തെബയ്യാത്ത് ഈ തെബേറയ്യാത്തി അവരുടെ ചില കണ്ടുപിടുത്തങ്ങൾ എന്തായിരിക്കും ഷെറിനോടും ദീനിനോടും ഹക്കിനോടും ഘടകവിരുദ്ധമാണോ കണ്ടുപിടുത്തങ്ങള് ബഹുമ അതുകൊണ്ട് അത് ജഹിൽ തന്നെയാണ് വലൈസബി ഇൽമിൻ അത് ഇൽമ ആയിട്ടില്ലല്ലോ എന്നെങ്കിലല്ലേ ഹത്താൻ അഹസാമിന്റെ നാം കൊണ്ടുവരേണ്ടതുള്ളൂ അപ്പൊ പെടേണ്ടത് ചിലതുണ്ടാക്കി ഇൽമുൽ കലാമിൽ പെട്ടുപോയി ചിലത് മന്തിക്കിൽ പെട്ടുപോയി ചിലത് ഇൽമല്ലാതെ തള്ളപ്പെട്ടും പോയിഹ ചിലതാണെങ്കിലും ബഹസുൻ സിഫാസിൽ ലതിത്താം ചില ജിസ്മുകളെ സിഫാസ് അത് വട്ടത്തിലാണോ ഗോളാകൃതിയിലാണോ ചതുരത്തിലാണോ എന്നിങ്ങനെ ചർച്ച അതെന്താ സാധനം അതിന്റെ ഹവാസ് എന്താണ് വക്കൈറ്റ് ഇസ്തിഹാലത്തിഹ വൈകിയതിഹ അത് എപ്രകാലം മാറ്റിമറിച്ചെടുക്കാം അതിനെ ചൂട് എന്തായി മാറും അതിന് ഇന്ന് ആസിഡ് എന്തായി മാറും അപ്പം എന്റെ രൂപം മാറലുണ്ടല്ലോ ജാത പരിവർത്തനങ്ങളും ഭൌതിക ഇന്ന സാധനത്തിന്റെ കൂടെ ഇന്നത് ചേർത്താൽ ഇന്നതായി മാറും അതൊക്കെയാണ് കെമിസ്ട്രി ചർച്ച കാര്യമാണ് ആകെ ദീനിയാ ഗോവിലെങ്ങനെ വരുന്നത് ശബി ഹെമ്പിന് അതിലെല്ലിയും പാത അത് ഡോക്ടർമാരുടെ ചിന്താഗതിയോട് ഏകദേശം സാദൃശ്യാണ് ഈ കെമിസ്ട്രിയും ഡോക്ടർമാരുടെ ചിന്തിക്കുന്നുണ്ട് പരസ്പരം വന്നത് ഇവനിക്കെന്താ രോഗം ഇവനിക്ക് ആസിഡ് ആസിഡിന് ഓപ്പോസിറ്റ് എന്താണ് ആൽക്കലി അതുകൊണ്ട് നിന്നാ പേരുന്നില്ല ആൽക്കലി ചേർത്തിച്ച് അന്റാസിറ്റായി കൊടുത്താൽ എന്ത് സംഭവിക്കും ഇവൻ ആസിഡ് ചിറവ് കുറക്കാൻ കഴിയും ഇത് കെമിസ്ട്രി ചുന്ന കാര്യങ്ങളാണ് ഇന്നലെ ആന്റാസിറ്റ് കൊടുക്കുന്നു ബാച്ചിലുള്ള ആസിഡിനെതിരെ ആൽക്കലി കൊടുക്കുന്നെന്തുകൊണ്ടാണ് ഇത് സബീബങ്ങളെ മെഡിക്കൽ രക്ഷപ്പെട്ട വിഷയങ്ങളെ നടക്കെ പക്ഷെ തന്റെ ഇല്ല എന്ന തമീപ യംപ്രീ പതിനെല്ലാ ആൽക്കോസോസ് തബീബം ഉണ്ടാക്കുന്നതോ മനുഷ്യ ശരീരത്തിൽ ഇത് എന്താണ് പരിവർത്തനം വരുത്തുന്നത് എന്നുള്ള പ്രത്യേക ചിന്താഗതിയോടുകൂടി പോകും മറ്റൊരു മുത്തലക്കാഴ്ച പോകും ഇതേ വ്യത്യാസമുണ്ട് നിന്നായിട്ട് ജമ്പൂ വയസ്സി ശരീരം ആരോഗ്യവത്താകുമോ രോഗമുള്ളതാകുമോ എന്നുള്ള രീതിയിലായിരിക്കും ആര് കൊണ്ടുപോവുക അമീബ കൊണ്ട പോവുക വഹം ജൽവറൂറത്തി ജമീഉൽ അജിസാം ഇവറാനംഗിലോ എല്ലാ അജിസാമിലും മിന്നേ തതഗയൂ വതതഹറകു അതിന് പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നോ ജനനാത്മകമാകുന്നോ വിഗടിക്കുന്നുണ്ടോ സംഗടിക്കുന്നുണ്ടോ എന്നുള്ള അർത്ഥം മൊത്തതനാണ് ആരെ നിർത്തി ഇതിന് തബിയ്യത്തിൽ ഉണ്ടാവുക വശദാത്തിൽ നി തദ്ദി ഫളുറുൻ അലൈഹി പക്ഷേ നിമ്പിന് ഒരു ഫളുണ്ട് എന്തിനേക്കാൾ ഇതിനി അവഹുവ അൻഹു മുഹ്താജൻ ഇലൈഹി ഇത്തരക്കാർക്ക് എന്താണ്ട് തിബിലേക്ക് ആവശ്യമുണ്ട് എന്നുള്ളൊരു ഇതുണ്ട് ഈ ഫൽസപ്പക്കാർക്ക് തിബിംഗ് കൂട്ടും പഠിക്കണം ഇനി വാം അയ്യാത്തി പത്സപ്പക്കാർക്ക് തമേ അയ്യാത്തിനുള്ള അഥാ ഭൗതിക പദാർത്ഥങ്ങളിലുള്ള ഈ ഒരു പലയ അതിലേക്ക് യാതൊരു ആവശ്യവുമില്ല തമയ്യാത്തിലേക്ക് ആയിരിക്കാവശ്യമില്ല ഡോക്ടർമാർക്ക് ആവശ്യമില്ല ഡോക്ടർമാർ അൽവാരിയർ ചെയ്യും മറ്റുള്ളവർ ചെയ്യും അതുകൊണ്ട് ഫൈലൻ അൽ കലാം സ്വാറമിൻ ഇൽമുൽ കലാം എന്തിനപ്പെടുന്നത് ഒരളവോളം ഫർമി കിഫായിൽപ്പെട്ട ഒരു ഭാഗമാകുന്നു നോക്കാം പൂർണ്ണമായിട്ടല്ല ഇതിന് ഹിതാസത്തിന്റെ രണ്ട് ഞാൻ അങ്ങനെ പോണം മുബത്തീങ്ങൾ നമുക്കെന്തല്ലോ ദുരൂഹതകൾ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ കൽപ്പിൽ കടക്കാതിരിക്കാൻ വേണ്ടി കാക്കാൻ ആവശ്യമായ എൽബുൽ കലാം എന്താണ് ഫോർ ഇഫായാണെന്ന് പറയാം നമുക്ക് പക്ഷെ അപ്പം ഫറതി ഇഫായ അബ്ബൽ ഇല്ല എന്നാ പറഞ്ഞിട്ടുള്ളൂ എന്താ കാരണം വൈന്നമ ഹകസാദിക്യം ഈ ഹൃദയത്തിൽ വിതറി പലതരത്തിലുള്ള വിദേഹത്തുകൾ രംഗത്ത് വന്നപ്പോഴാണ് ഇതും രംഗത്ത് വരേണ്ടി വന്നത് അപ്പൊ പഴയ കാലത്തുണ്ടാവില്ല ഏതാപറ കമാ ഹകസത്ത് ഹാനത്ത് ഉൽസാനി മനുഷ്യന്റെ ആവശ്യം പുതുതായി വന്നപ്പോ അതുപോലെ ഹജ്ജിന് പോകാൻ വേണ്ടി നോക്കുമ്പോ ഇവിടെ കാവൽക്കാർ കൂട്ടണം പാസ്പോർട്ട് എടുക്കണം എന്ന് വന്നു ഭയങ്കരണ്ടോ പാസ്പോർട്ട് എടുക്കലും ഇതല്ല പക്ഷെ അങ്ങനെ ആയാലും ഇപ്പൊ പോകുന്ന ആ രീതിയിൽ എത്തിച്ചൊന്നും ഇതൊക്കെ ഹജ്ജിന് പോകുന്ന വഴിയിൽ കാവൽക്കാരെ നമുക്ക് കൂലിക്കൂട്ടണം എന്ന് വന്നതുപോലെ എന്തു കാരണം ഉല്മില്ലാതീ വത്തിക്ക് ഈ അറബികൾ എന്താക്കുന്നറിയോ കൊള്ളയടിക്കലും മറ്റുള്ള യാത്രക്കാരെ കീഴടക്കലും പുതുതായി വന്നപ്പോൾ കാവൽക്കാരെ കൂട്ടണം എന്നത് പുതുതായി വന്നതുപോലെ ഇതല്ലാണ്ട് ഹജ്ജും കാവൽക്കാരെ കൂട്ടാനും നമ്മൾ യാതൊരു വന്നൂല്ല ബ്രുക്കിനല്ല ചെറുത്തല്ല ഏ സുന്നത്വല്ല ഒന്നുമല്ല വലവ് തറക്കല്ല അറബു അറബികൾ വെക്കുന്ന എനിക്ക് അക്കൂലല്ലാം സ്വന്തമായി പോകിത്തോട്ടേന്ന് വെച്ചാലോ കാവൽക്കാരും വേണ്ട അതിനുള്ള പൈസ ചെലവും വേണ്ട മറ്റേതാവ് പോകുന്ന കൂട്ടത്തിൽ കാവൽക്കാർക്കുള്ള പൈസ ചെലവും കൂടി കാണേണ്ടി വതുവാനൊഴിവാൽ കാവൽക്കാരെ കോലിക്ക് പിടിക്കുക എന്നുള്ളത് ചെലവുന്നുണ്ടല്ല തരിയക്കൽ ഹജ്ജിൽ പെട്ടലേ അല്ലാഴ്ച ഇതുപോലെ ഉപേക്ഷിക്കുന്നു അറിയാതെ ഓന്റെ പരിപാടിയെല്ലാം നിർത്തിവെക്കാൻ തീരുമാനിച്ചു ഇനി ഞമ്മൊന്നുമില്ല അതിനാൽക്കാണ കൂടുതൽ ഒരു റിയാദത്തും ഇന്ന് ആവശ്യമില്ലായിരുന്നു വിദേഹത്തുകാർ ഓരോ എല്ലാം അത് അവസാനിപ്പിച്ചു എന്നാ സഹാപത്തിന്റെ കാലത്ത് ഇല്ലാത്ത പുതിയും വെള്ളം തന്നെ അതുകൊണ്ട് പഞ്ചായാലിൽ മുത്തക്കല്ലിമു ഹൂമിൻ ഈ മുത്തക്കല്ലിമായി നിൽക്കുന്ന മനുഷ്യൻ വീനിൽ ഏത് അവസ്ഥ അതിർത്തിയിലാണ് എത്ര അളവാണ് എന്ന് ഞാൻ ആദ്യം അറിയട്ടെ ഇതിൽ തൊഴിലാക്കാൻ പാടില്ല വാൻ മിൻഹോനിൽ നിന്ന് ഈ കലാമിനുള്ള മൗക്കികൾ ഹജ്ജി ഹജ്ജിന്റെ തരീക്കിൽ ഒരു കാവൽ കാഴിനുള്ള പദവി എന്താണോ അതിൽ പുനരൊന്നും കൊടുക്കാതില്ല വെടി വളരെ അന്നാണോ കാവൽക്കാരനും കൂട്ടണ്ട എല്ലാവർക്കും പോകാവുന്ന രീതികോട്ടും വേണ്ട ഫോട്ടോ എടുക്കണ്ട ഒന്നും വേണ്ട തജർക്കാരൻ കാവൽക്കാരനായിട്ടുണ്ട് തജറുതായില്ല ഹാജിമാരെ കൂട്ടത്തിൽ പൊട്ടവനല്ലോ നിങ്ങൾ അജിട്ട ഞാൻ കാക്കാൻ നിൽക്കുക പറഞ്ഞാൽ ഓൻക്ക് ആജ്ജിയാവുമോ അപ്പാ ഓനിക്ക് അതുപോലെ വൽമുത്തക്കല്ലിമോ ഇത് തജർവതലിൽ മുനാ നിറത്തിവൽ മുതാഫാറ്റി ഈ മുത്തക്കല്ലിമായ മുരൽക്കുണ്ടല്ലോ അയാള് മുനാ നിറ ചെയ്യാനും വേറെ എതിർ വാർത്ത വരും മുതാഫാറ്റിനായിട്ട് നിൽക്കുന്നു വലിയ തെരീക്കല്ലാഹ്ര ആഹ്രത്തിന്റെ മറ്റ് പണിയൊന്നും ഞാൻ എടുക്കുന്നില്ല എന്നാൽ വലഹു അവന്റെ സ്വന്തം കൽബ് കാത്തുസൂക്ഷിക്കാനോ അത് മെച്ചപ്പെടുത്താനോ അവക്ക് മൂപ്പർക്ക് യാതൊരു ചരത്തിയില്ലേ എന്നാൽ അഞ്ഞക്കും മിഞ്ചുമിലൊക്കെ ഒലമായി ദീനത്തിലെ നീനന്റെ ഉലമാക്കളിൽ അയാൾ ആരുമല്ല ഇതുപോലെ നിങ്ങളെ സാധനം കാക്കാൻ ഞാൻ ഒന്നോളാം നിങ്ങൾ അജിനി പോയിട്ടുവാന്ന് പറഞ്ഞാൽ ഇയാൾ ആചാരമല്ലാത്തതുപോലെ നീനന്റെ എതിരെ വെല്ലുവിളികളൊക്കെ ഞാൻ നേരിട്ടോളാം മറ്റു പണിന്ന് അടിക്കൊണ്ട് ഞാൻ ഇരിക്കുകയും ചെയ്യണം അമ്മോക്കുകയും ചെയ്യൂല അങ്ങനെ കൊത്തിയിരുന്നാൽ ഞാൻ പറയേണ്ട പറ ഇതൊക്കെ ഇടത്തി പിന്നെ ഈ മുത്തക്കല്ലുമിനടുക്കാൻ എന്താ ഉള്ളത് ഞാൻ നിങ്ങളൊക്കെ പഠിച്ച ഒരു പഴയ അസീത ഉണ്ട് ആ അസീത നല്ലതാണോ അന്ന അല്ലാതെ അല്ലത്തി എങ്ങനെയുള്ള അക്കീതയാണ് ഷാറക്കുഹ അക്കീതന്റെ വിഷയത്തിൽ ഇവരോട് കൂറുകൂടിയിട്ടുണ്ട് സാഹചര്യം മറ്റുള്ള മുസ്ലിം കൂടെ കൂറുകൂടിയ എല്ലാവരും അടഞ്ഞൊരു അറിവുണ്ടല്ലോ അറിവിൽ കഴിഞ്ഞ് ഞങ്ങൾക്ക് എന്തേ ഉള്ളൂ കുറച്ചെന്തല്ലോ വാദപ്രതിവാദം തൊണ്ടും പൊട്ടിച്ചുലർക്കാനൊക്കെ കഴിയുന്നതിൽ ചോദിച്ചു വേറൊന്നും ഏതൊരു ഒന്നും കിട്ടിയില്ല വഹിയ അതാണെങ്കിലും ബിഞ്ചുലത്തെ ആമാനാഹിദൽ കൽവിൽ കൽവിന്റെ നാഹിറും ലിസാനുമായി ബന്ധപ്പെട്ട കൂട്ടത്തിലെല്ലാണ്ട് ഇല്ലാതെ പിന്നെ അവാമിനില്ലാത്ത പ്രത്യേകത എന്തുണ്ട് ഞാൻ കുറച്ച് പാചാലതുണ്ട് മേൽ കെട്ടിട്ട് ഇതിന്റെ കൂക്കരും വിളിക്കാനൊക്കെ കഴിയും നാടന്മാർക്ക് അത് കഴിയൂലാണ് നോക്ക് വൈന്നമായ മഞ്ഞതു ഈ മുത്തക്കല്ല്യുമായ മനുഷ്യൻ വേർപെട്ട് നിൽക്കുന്നത് ആമിനെ തൊട്ട് മുജാതലത്തി അയാളെ തർക്കമുണ്ടാക്കാനുള്ള പച്ച പാണ്ടിച്ച് ഉണ്ടല്ല ആ സുന്നത്വം വൽഹെറാസത്തി അതിൽ കൂടി കാക്കുന്ന പറയുന്നു നോക്കുമ്പോ ഇല്ലാത്താണ് ഉദാരിതായിട്ടുണ്ടിപ്പോ എന്നല്ലോ തണീന് വന്നുകൊടുത്ത് ഒരാൾക്ക് തോന്നിയോളും ഞാൻ ഇരണ്ടോ ഡോട്ട അടക്കുന്നില്ലേ ആ ഹാത്തിൽ പറയേ തടുത്തു നോക്കി പോലും ഇതിലൊന്നും ശരിയാവില്ലെന്നും അവസാനം ഇവിടെ മറ്റോ പറഞ്ഞുതന്നെ ശരി ഞാൻ ഇരണ്ടോ ഡോട്ട എന്ന് ചെറിഞ്ഞപ്പോ ഒറ്റ മുറല് വരും സംബന്ധിച്ചുള്ള കുറെ കാര്യം പറഞ്ഞില്ലേ അതൊന്നും ഇല്ല ഇയാള് മുതക്കലിമായി എന്ന വാദത്തിൽ കൂടി അയാൾ കൊന്നും കിട്ടിയിട്ടില്ലേ ഇയാൾ വാദപ്രിവാദം എടുത്തുന്ന ആളായത് കൊണ്ട് ഇരുമുൽ മുഖാശപ്പന്റെ ഭാഗം ഇയാൾ കിട്ടിപ്പോയിന്ന് വരുമോ എടുത്ത് കിട്ടുന്നു ഓറെ കൊറേ എങ്ങനെ വായിക്കാൻ ലേഖനങ്ങൾ പരസ്പരം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എന്നിട്ട് ആ വാക്കിന്റെ മുഖമും മറ്റേ തൂക്കം കൊടുത്തിട്ടുണ്ടാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊളുത്തിപ്പിടിക്കാന്നല്ലാണ്ട് ഇരുമുൽ മുക്കാശപ്പ് സൂചിപ്പിച്ച പല കാര്യമുണ്ടല്ലോ ഇതല്ല എപ്പോഴും ുംബുലുരത്തും എന്ന് തുടങ്ങിച്ച് അന്നാലെന്താണ് സിഫാത്തെന്താണ് അവൻ ആലെന്താണ് അസ്മാൽ എന്താണ് ആലും ദുന്യാ മാസവും തമ്മിലുള്ള ബന്ധം എന്താണ് അതിനെ തർത്തിയിൽ ഇങ്ങനാകാനുള്ള കാരണങ്ങൾ എന്താണ് നബൂബുത്ത് എന്ന് പറഞ്ഞാൽ എന്താ നബി എന്ന് പറഞ്ഞാൽ എന്താ വിശാലത്ത് എന്താണ് െന്ന് പറഞ്ഞാൽ എന്താണ് എന്നിങ്ങനെ ചർച്ചകൾ ഇതൊന്നും ഇയാൾ കണ്ട് കിട്ടിയിട്ടില്ല ഇൽമുൽ കലാമിൽ കൂടി ഒന്നും കിട്ടിയിട്ടില്ലാണോ കിട്ടൂല അത് ഫണ്ട് വേറെ തന്നെയാണ് ഫലായുൽ കലാമിൽ നിന്ന് അതിൽ ഒന്നും കിട്ടൂലാൻ വിഷു എന്ന് മാത്രമോ ബൽക്കാതോ അന്യക്കൂൽ കലാമ് ഹിജാബൻ അയാൾ ഉപയോഗിക്കുന്ന ഇൽമുൽ കലാമ് മറ്റേ തൊട്ട് ഹിജാബ് കൂടിയാണ് കിട്ടൂല കിട്ടിയിട്ടില്ലെന്നല്ല ഭാവി കിട്ടാൻ പോകുന്നില്ല എന്തുകൊണ്ട് വൈന്നമൽമുൽ മുഖാഷയിലേക്കുള്ള വസൂൽ എന്തുകൊണ്ടാണ് ബിൽ മുജാഹദ വെറും മുജാഹദ കൊണ്ടേ കിട്ടുള്ളൂ ഇൽമുൽ കലാം കൊണ്ട് കിട്ടൂല ബോധിപ്പടിക്കുന്ന കിതാബിൽ കൂടി കിട്ടൂല നാവിൽ കൂടി പന്നുകൊടുക്കാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങത്തെ മുജാഹന അല്ല ത്തിന മുഖിമത്തല്ല ഹിതായത്തിന് നാമകമായി ചെയ്യേണ്ട കാര്യമാണെന്നാണ് അബ്ബാസ്താനല്ലെ പറ്റി പറഞ്ഞത് എന്നും നമ്മളെ വിഷയത്തിൽ ആരാണോ മുജാഹദ ചെയ്തത് അപ്പൊ ജാഹദൂനല്ല ആര മണി അബുദിന്റെ ഇതിൽപ്പെട്ട സുലൂക്കിൽപ്പെട്ട പണിയാണ് ലലഹദിയെന്നവും സുബുലനോ പറഞ്ഞാൽ ജതബാത്തിൽപ്പെട്ട പണിയാണ് സുലൂക്കും ജതുബുൻ രണ്ടല്ലുള്ളത് അതിന്റെ മുഖദ്മിയായത് മുജാഹദ ആ മുജാഹദിൽ കൂടി എല്ലാടെന്താ കുല ചോദ്യമാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നിടത്തോളം ഇൽമുൽ കലാം ഉണ്ടല്ലോ മുപ്പത്തതിയാക്കി പെരുകയും അവരോരോ പിച്ചുംപഴയും നാട്ടിൽ വന്നപ്പോൾ ജനങ്ങളെ അതിൽ നിന്ന് കാക്കാനാവശ്യമായുള്ള അടവോളം എന്തുവേണം ഇൽമുൽ കലാമ് വേണം എന്ന് നിങ്ങൾ സമ്മതിച്ചു അതാ ഏതുപോലെ കള്ളന്മാരൊരുങ്ങിയപ്പോൾ കള്ളന്മാരുടെ തൊട്ട് കാക്കാൻ വേണ്ടി ഞാൻ ഹജ്ജിന് പോകുമ്പോൾ ഒരു പോലീസിന് കൂട്ടണം എന്ന് പറഞ്ഞ പോലെ കത്തൂല് എന്നാ പോലീസും പണ്ട എന്താ നിങ്ങൾ പറഞ്ഞെത്തിച്ചത് അല്ലേ നോക്കാം നിങ്ങൾ എത്തിച്ചു കാക്കലിലേക്ക് എത്തിച്ചു എന്തിനെ തൊട്ട് കാക്കണം കാരുടെ തശീസിന്റെ തൊട്ട് കാക്കാൻ ഏതുപോലെ കമാ അൻ ബദീൽ കത്തി കാവൽക്കാരുടെ അഥവാ പോലീസിന്റെ ഹദ് എന്താണ് അറബി അറബികൾ കൊല്ലടിക്കലിനെത്തോട്ട് ഹാജിമാരുടെ സാധന സാമഗ്രികൾ കാക്കൽ എന്നതാണ് നിങ്ങൾ കൊണ്ടാകുന്നത് എന്നതുപോലെയാണ് നിങ്ങൾ കൊണ്ടാകുന്നത് ഹദ് നിങ്ങൾ ഒറ്റയ്ക്ക് എത്തിച്ചു ഇല്ല ഹെഫതിൽ കാനൂൻ ഇല്ല ദീപിനി യുപ്പ് സുൽത്താന ശർമ്മി ഹനിൽ ഋതുബാനി അൻബിൻ ഋതുബാനിന്റെ ഹരികാർ പരസ്പരം ശന്ത കൂടുന്ന ആ ചെറുതെ തൊട്ട് സുൽത്താനത്തെടുക്കാനാവശ്യമായ ഒരു കാനൂന് ആസുസൂക്ഷിക്കലാണ് ആരമണി ഫക്കീഹിന്റെ പണി എന്ന് പറഞ്ഞു അങ്ങനെ വെക്കുമ്പോൾ മഹാത്താലി ഋതുബത്താനി നാജിലത്താലി ബിൽമി ലീൻ ദീനിന്റെ ഇൽമിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ ഇത് താഴെ രണ്ട് പണിയേറ്റാ വരും കാരണം ബിൽവാസിപ്പിയാണ് ദീനിലേക്ക് എത്തുന്നു ബിദ്ദാപ്പ് ഉണ്ടാകുന്നില്ല ദീനുമായിട്ടൊരു ബന്ധവുമില്ല ദുഞ്ഞാവിലെ കുഴപ്പങ്ങൾ സമർപ്പിക്കണം എന്നിട്ട് ദുഞ്ഞാവ് ശാന്തമാകണം ദുഞ്ഞാവ് ശാന്തമാകിൽ കൂടിയിട്ട് ആ കൃത്യനെന്തും കാര്യം ചെയ്യാനുള്ള സൗകര്യം കിട്ടണം എന്നതിലേക്കാണ് പക്കിംഗിന്റെ പണിയുന്നത് നോക്കീനിലേക്ക് ചേർത്തിട്ട് നോക്കുമ്പോൾ ഇതിനാതിലെത്തായ രണ്ട് പദവിയായിട്ടാണ് നിങ്ങൾ സംസാരത്തിൽ വരാൻ സാധിച്ചത് പക്ഷെ നമുക്ക് നിസ്കാരം അതല്ല നീനിൽ വളരെ പ്രശസ്തി ആർജിച്ച വലിയ വലിയ നേതാക്കന്മാരുണ്ടല്ലോ അവരൊക്കെ ഈ ഇൽമിലാണെങ്കിലോ വലിയ അഗാധ പാണ്ടിറ്റിന് നേടിയ ആളുകൾ വന്നു അത് ഇമാമിനെ ഇനി ഇമാ നമ്മളിമാമിനെ തന്നെ എടുത്തോ െ അതിന് പറയുന്ന അവർ സുഹുറത്തി വിഷയത്തിനാണെങ്കിലും നീനിൽ അവർക്ക് സ്ഥാനം കിട്ട വേറെ വകുപ്പിൽ കൂടിയാന്നാണ് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ല കുറച്ച് നീനിലുള്ള സ്ഥാനം അത് വേറെയാണ് ഇതവരുടെ വാത് മാത്രമാണ് വലിയൊരു ഡോക്ടറായിട്ടൊരു ആഡിമുണ്ടെങ്കിൽ ഇയാൾ ഡോക്ടറായ ഭാഗത്തിൽ കൂടിയല്ല ഐമത്തിന്റെ കൂട്ടത്തിൽ തീറ്റുകിട്ടിയത് വേറെ തക്ക ഈ ഭാഗത്തും വേറുണ്ട് നമ്മുടെ ചോദ്യം നീനിൽ താഴെ രണ്ട് പടിയാറ്റാണ് ഞാൻ കൊണ്ടുവന്നത് ഏതെല്ലാം ഇത്മുൽ കലാമും തിക്കും തെക്കുകൾ എന്താണ് ദുന്യാവിലെ കുഴപ്പമടക്കാൻ വേണ്ടി സുൽത്താനിക്കൊരു നിയമം മനസ്സിലേക്ക് കൊടുക്കണം നേരെ നീനിലേക്ക് അതിന്റെ ഗന്ധം മുട്ടുന്നു ദുന്യാവ് ശാന്തമാകാൻ ശാന്തമായാൽ ആ ശാന്തമായ അന്തരീക്ഷത്തിലുണ്ടാകാം ആഗ്രഹത്തിലേക്ക് എന്തും അമൽ ചെയ്യാനുള്ള ചുറ്റുപാടുണ്ടാകാം അതുകൊണ്ട് നീന ഈ ഇൽമുൽ കലാമിലോ വിദേശത്തിനാട് വന്നപ്പോൾ അവർ ചെറുതെടുക്കാൻ ആവശ്യമായ ഒരു അടപാടം ഇൽമുൽ കലാമിൽപ്പെടുത്തുകയും ചെയ്തു ഫതിലുകൊണ്ടും ശ്രേഷ്ഠത കൊണ്ടും മസഹൂരിങ്ങളായ നല്ല ഉലമാ ഉൽ ഉമ്മത്തുണ്ട് അവരാണെങ്കിൽ അവർ ഫുഗാക്കളുമായിരുന്നു മുത്തക്കല്ലിമങ്ങളുമായിരുന്നു ഉണ്ടാവുന്നത് അപ്പൊ ഈ രണ്ട് പന്നു കൊണ്ടോർ വസൂറായി പക്ഷെ ശുഹ്രത്തിന്റെ ആ രണ്ട് പന്നല്ലാതെ അന്നാഹുവിന്റെ അടുക്കൽ അവർ പരസ്പരം കഥസ്ഥമാക്കാൻ ഉണ്ടല്ല ഈ കാര്യങ്ങളൊന്നുമല്ലാന്ന് വിജയിക്കണം അവർക്ക് രണ്ട് വശം ഉണ്ട് അവിടെ അഫുദലുൽക്ക് എന്താഹിത്താൻ അവരാണെങ്കിലോ അന്നാഹിന്റെ അടുക്കൽ ഉന്നതന്മാരാണല്ലോ ആ ഉന്നതന്മാരുടെ പദവി നിങ്ങൾ എങ്ങനെയാണ് പിടിച്ചു താക്കത് അതെപ്പോലത്തി നീനന്റെ എലുമിലേക്ക് ചേർത്തിട്ട് വളരെ താഴ്ന്ന പടിയിലുള്ള മനസിലേക്ക് നിങ്ങളവിടെ പിടിച്ചിറക്കാനില്ലേ നിങ്ങൾ നിറമുണ്ടായതിയുടെ തിരിഞ്ഞാലും എന്നാ നീ അറിഞ്ഞോ അന്ന മൺ ഹറപ്പൽ ഹക്ക ബിദിജാലി ഡിജാലുപയോഗിച്ചിട്ട് ഹക്കറിയാനൊരിക്കണ്ട ഹക്കറിഞ്ഞിട്ട് ആ ഹക്കിൽ വിചാരിച്ചുണ്ടോ അപ്പൊ കോജാക്കന്മാരുടെ പൊറപത്രം നോക്കിയിട്ട് ഫിറ്റിംഗ് കണ്ടെത്തിയല്ലാ വേണ്ടി ഫിറ്റിന് ഒപ്പിച്ചിട്ട് കോജാക്കന്മാർ ഒക്കെയാ വേണ്ടി ഗൂഢിവലി തുന്നത്താവൂലെ ആ ഗൂഢിവലി നേരം വെറ്റി വേഗലുന്നു കുന്നത്താവൂല കാണ പോലാക്കന്മാർ വീടി വിളിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല നീ മനസ്സിലാക്കേണ്ടത് ഇവർ നീനിനൊപ്പിച്ച് നിന്നിട്ടുണ്ടോ എന്നാ ഇവര് വലിയ ആളായി നോക്കണ്ടേ നീക്ക് തെറ്റിപ്പോയതാണ് എന്താ ഹറ്റിനെന്താക്കി ഡിജാലും അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന ഹാറ അവനാകെ വഴിതെറ്റു അവിടെ ഈ മതാഹാത്തിൽ നല്ലാതി നിങ്ങൾ ആദ്യം ബെലിയാടാക്കി വെച്ച് ഓറ പണിയെല്ലാം ബെലേടാക്കി നടത്തൂല മാസം ഇങ്ങനൊന്നുമില്ലല്ല നേരെ മറിച്ച് ആദ്യം ഹക്കറിഞ്ഞുക ഈ ഹക്കിനാണ് ഒത്തിട്ടുണ്ടോ എന്ന് ഇങ്ങോട്ട് തിരിച്ചു ആദ്യം ഹക്ക് അറിയുക എന്നിട്ട് ഹക്കിന്റെ ഹരിദാർ അറിയിക്കാം എപ്പോൾ ഇൻകുണ്ട താലീഖം നിന്റെ പ്രവേശനമെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത് ഇല്ല വൈൻ കനാറ്റി തക്കലീതി വന്നദരി ഇല മഷ്ടഹമിൻ തറചാത്തിൽ പതിലി വൈനന്ന ജനങ്ങളുടെ ഇടയിൽ വലിയ പതിലി അതല്ലേ അങ്ങനെ മഷഹൂറായി ആ മഷുഹൂറായ വിഷയത്തിൽ ബൊറും തകലീദും എന്തുകൊണ്ടാണോ നീ പുറത്താക്കുന്നത് എന്നവിടെ നോക്കോ പല തകർപ്പു അരി സഹാബത്തി സഹാബത്തിനെ തൊട്ടും അവർക്കുള്ള ഉന്നതമായ പതിവെ തൊട്ട് നീ അസരത്തിലാവണ്ട വാൻനഹും ഫിദ്ദീന് ചതുവഹും വല യശുക്കൂന്ന് അവിടെ ഉള്ളത് എത്തൻസിക്കൂന്ന് വേണ്ടേ യശുക്കൂ നടക്കൂല മൂക്കോണ്ട് മണക്കാൻ പോലും കഴിയൂലെന്ന് നോക്കറ സക്കത് അജിമ ഇജിമ ആയിട്ടുണ്ട് ആര് അല്ലതീന ഒരു വിഭാഗം എങ്ങനെയുള്ള വിഭാഗം അരൾത്ത മിദിക്കിരിഹിം അവരെ പറയൽ കൊണ്ട് നീ ഇവിടെ സൂചിപ്പിച്ചല്ലോ ഇങ്ങനെ ഉരമാ ഉൽ ഉമ്മത്ത് നീ പറഞ്ഞില്ലേ ആ ഉരമാ ഉൽ ഉമ്മത്ത് എന്താക്കിയിട്ടുണ്ട് അലാസുമിം അസഹാബിമാർക്ക് നമ്മളിന പദവിയുണ്ട് അസഹാബിമാർക്കുള്ള പദവി അയിമത്തിനുണ്ടോക്കില്ല ഈ അയിമത്ത് എന്താക്കി ഇജമാ ആയിട്ടുണ്ട് അസഹന്മാർക്ക് ആ പദവി എന്ത് വിഷയത്തിൽ ഇൽമുൽ കരാർ കൊണ്ടും ഒന്നല്ല വാൻദും നായുവിരക്കു ഫിദ്ദീന് ശരഹും അസഹാബിമാർക്കുള്ള ഉന്നതമായ പദവി ദീനിൽ ഒരാൾക്കും കിട്ടൂല വലായുസക്കും ഉബാറഹും അവരുടെ പൊടി പോലെ മൂക്കി മടക്കാൻ ചെയ്തത് ഉമാർ വലം ജക്കും തക്കദ് മുഹും അപ്പോൾ ആ അസഹാബിമാർക്കുള്ള തക്കത്തും ആയിരുന്നില്ലോ ആയിരുന്നില്ല എന്ന് മനസ്സിലാക്കണം ൊക്കെ തെരീക്കുക ഇൽ എന്നർക്കുണ്ടായിരുന്നു ആ തെരീക്കൽ അവർ വേണ്ടതുപോലെ അധ്വാനിച്ച് വേണ്ടതുപോലെ പ്രാക്ടീസായി അതിന് ഉന്നതമായ പദവി നേടിയത് മാത്രം അതിന് ഉദാഹരണം പറയാ അവർ സിദ്ധീക്വിയോ മറ്റുള്ള അസഹാദിമാർ നോക്കി അയക്കാം പദവി സ്ത്രീകൃതങ്ങൾക്കല്ലേ ശ്രദ്ധീകരണങ്ങൾക്കുള്ള പദവിന്റെ വകുപ്പ് എന്താന്ന് എന്താ രാജാവണ അതിനകത്താണെങ്കിൽ രാജാധികാരമുള്ള പ്രതികളിലുള്ള രാജകുമാർ പറയില്ലേ അതാ പതുവണ്ണും മുഹമ്മലായിട്ടില്ല അന്നാ എല്ലാ ജനങ്ങളെക്കാളും ഈ കസരത്ത് സിങ്ങാമിന്മല ഫലാത്തിൻ കൂടുതൽ നിൽക്കിച്ചിട്ടും കൂടുതൽ നോമ്പിട്ടിട്ടും എല്ലാ സജ്ജീകൃതങ്ങൾക്കുള്ള പദവി ഉണ്ടായത് അതിനെ കാണാൻ ചിച്ചാണ് വേറുണ്ട് നാൽപ്പത് കൊല്ലൊക്കെ ഇഷാൻ രണ്ടോടുകൂടി സ്വീകരിച്ച് അവലേക്കം വന്ന ശേഷക്കാലുണ്ട് സിദ്ജിക്ക് തങ്ങൾക്ക് അങ്ങനത്തെ ഗൃഹത്തിൽ അറിയപ്പെടുന്നില്ല പിന്നെ അങ്ങനെ സിദ്ധികൾക്ക് പൊതുവെയുണ്ടായി വരാദി കസരത്ത് റിവായത്തിൻ ഹരീസുകൾ കൂടെ റിവായത്ത് ചെയ്തത് കൊണ്ടുമല്ല ഏറിപ്പന്ന ഒന്നോ രണ്ടോ ഹദീസാണ് ആ രീപായ്തിട്ടുണ്ടായാലും സിദ്ദിയൊക്കെ തങ്ങളുടെ അപൂഹങ്ങൾ ആയിരത്തി അറുനൂറ് രൂപയ തീരുത്തുണ്ട് ആയിരത്തി അറുനൂറിലേറെ അപൂഹങ്ങൾക്ക് എന്നാ ദിവാത്തിന്റെ വലിപ്പം നോക്കി ആരാണ്ട് അപൂഹ രണ്ട് ഇവിടെ മുൻകീലല്ലോ അപ്പോൾ ഇവർക്കൊന്നില്ലാത്ത എന്തോ മാത്തിന് ഈ ഒരു പ്രത്യേകത ആരിക്കുണ്ട് സുദ്ധീകൃതങ്ങൾക്കുണ്ട് വല പൊത്തവ വല കലിൻ പൊത്തവ കൊടുത്തതുകൊണ്ടല്ല ഇൻമുൽക്കരാന്നുകൊണ്ടുമല്ല വല കിൻ പിന്നെന്തുകൊണ്ടായിരുന്നു ബി ഐ എന്തോ ഒരു ശൈതുണ്ട് സദരി അത് സിദ്ധീകൃതകളെ കൽവിന്റെ ഉള്ളിൽ നടത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് സദറിന്റെ ഉള്ളത് അത് വേറാതിരിക്കില്ല അതുക്കമാണ്ീന സാഹ അരീവല്ല മതങ്ങൾ അതുകൊണ്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് സിദ്ദീഖ് തങ്ങളാണ് എല്ലാവരെയും കട മുന്തിയത് അസാദിമാർ അമ്പിനാക്കളെ കഴിച്ചാൽ അടുത്ത പദവിയായിരുന്നു സിദ്ദീഖ് ലഘു മൃതങ്ങളെ പദവി എന്നിട്ട് പറഞ്ഞു സിയാമുകൊണ്ടോ കൊണ്ടോ ദിവാത്ത് കൊണ്ടോ ഇതൊന്നും ഒന്നും സിദ്ദീഖ് നിങ്ങളിനെ കട മേച്ചിട്ടും കാണുന്നുല്ല ചിലപ്പോ ആ അഞ്ചു തൊട്ട് നിൽക്കാനും അതിന്റെ ബന്ധപ്പെട്ട കാര്യം ഓറിക്കാണുണ്ടാവും പക്ഷെ എന്നാലുണ്ട് ഭീകര സ്വന്തം ഇതെവിടുന്ന് അവർ സദന്റെ ഉള്ളിലെന്തോ നിറക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് അതെന്താണ് അത് നബീസ്വല്ലാരില്ല തങ്ങളുടെ വെക്കുന്നു നേരിട്ട് ചെയ്തിട്ട് യക്കീനാണെന്ന് കൂട്ടുള്ള തക്കയ്യപ്പാണെന്നാ ചില പറയും എവിടെ ലാ തഹസൻ ഇന്നാഹ മാനാന്ന് പറഹയിൽ കൂടിയപ്പം പറഞ്ഞില്ലേ ൻ ഇന്നാഹമായ അപ്പൊ അള്ളാഹന്റെ മാര്യത്തെ മുമ്പിൽ വെച്ചുകൊണ്ടിട്ട് ലാ തെഹദൻ ആ നസിയാണ് ആ നസി കൊണ്ടെന്തോ കൽബ് തകയ്യൂഫായി എന്നാ പറയു അങ്ങനെയുള്ളെന്ന് സ്ഥിതികരണങ്ങൾക്ക് അല്ലാതെ കണ്ണുബറാജീസിലാണ് ചിലർ പറഞ്ഞത് ചിലർ പറയുന്നത് റസൂറുമായി അലീം തങ്ങൾക്ക് സ്വന്തം ജീവനേക്കാൾ സ്ഥാനം കൊടുത്തു മഹബത്തന്നു അനുഭവിക്കട്ടെ അപ്പൊ അവടെ മനസ്സിൽ എന്തോ ഒരു റക്കപ്പെട്ടൊരു സാധനുണ്ട് അതുകൊണ്ട് പല്യക്കുൻസുക്ക നിന്റെ അത്യാഗ്രഹം ആവട്ടടോ നീ തലമ്പ് നാലിക്കുണ്ടല്ലോ സിദ്ധീകരണങ്ങളെ മനസ്സിൽ നടത്ത സിത് ആ സിതെന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് നിന്റെ മനസ്സിൽ വച്ച് കയറ്റാൻ കഴിയുമോ നോക്കി ജവഹറു നഫീസ് മറച്ചുവെക്കപ്പെട്ട മുത്താണത് നഫീസായ ബല കൊടുത്താൽ കിട്ടാത്ത ജവഹറുമാണത് അതുകൊണ്ട് നിന്ന തൊട്ട് നീ വലിച്ചെറിയണം ജനങ്ങൾ ബഹുമാനിക്കാനും ജനങ്ങളെ താലീമാക്കാനും വേറെന്തല്ലോ കാരണങ്ങൾ ഓറ് കണ്ടിട്ടുണ്ടാവും ആര് ജനങ്ങൾ ആ കണ്ടതാണ് അല്ലായിടത്തിലുള്ള കാരണം എന്ന് നീ മനസ്സിലാക്കി തെറ്റിപ്പോയി അത് ഒഴിവാക്കളാണ് അപ്പം വളരെയധികം തവാളോയിലും വരെ തക്കവയിലായിട്ട് അന്താനടുത്ത് ജീവിക്കുന്ന ഉണ്ടാവും ജനങ്ങളടുത്ത് ഒന്നിനും പറ്റൂല ഉറത്തിഞ്ഞോക്കാനാളുണ്ടാവില്ല ചില പാചാക്കന്മാരുണ്ടാവും ചായപ്പെട്ടികളൊക്കെ എത്തും മുത്തിയ നല്ല ഒച്ചേക്കുന്ന ചായപ്പെട്ടികൾ ഈ ചായപ്പെട്ടികൾ വന്നാൽ ജനങ്ങളതാ ഓടുന്ന ചാടുന്ന ഓർ കാറിന്റെ പൊടി മൂത്തിൽ കെക്കുന്നതാ അത് തൊട്ടിൽ നിന്ന് എത്തിയേക്കുന്നതാ ഈ പതായിൽ ജനങ്ങൾ കാണുന്ന എന്തോ ലാഹ്രൂന്നു അതാണ് ഇവർക്കുള്ള സ്ഥാനം എന്ന് നീ മനസ്സിലാക്കി തെറ്റിപ്പോയിരിക്കുന്നു അതിന് വെച്ചെറിഞ്ഞാ പറഞ്ഞു പല കഥിറോളും സഹാബത്തിൽപ്പെട്ട ആയിരക്കണക്കിനായ അസഹാബിമാരെയും വിട്ടുകൊണ്ടാണ് നബീസൊള്ളുന്നുാത്താക്കപ്പെട്ടത് ഉടമാകുമില്ലാഹി എല്ലാവരും അള്ളാഹുനെക്കോട്ടുള്ള ഉലമാകായിരുന്നു ം അവരെ നല്ല നല്ല വിലക്ക് പുകഴ്ത്തി പറഞ്ഞിരുന്നു അസഹാദി അല്ലെ എന്നാൽ കലാം ഇന്നത്തെ വാദപ്രതിമാരക്കാരുണ്ടാക്കുന്ന ആ കഴിയോട്ടിലുണ്ടല്ലോ അസാഹിമാർക്ക് ആർക്കും അറിഞ്ഞുമായിരുന്നു ഇന്നാ വിശാല നടത്തുന്നു ഇന്നത് കൂലിപ്പണിയാന്ന് പൈസ ഉണ്ടാക്കാനുള്ള മാർഗം ഒറ്റ വസാബി മടങ്ങി വന്നിട്ടില്ല നേരത്തെ ശുന്നിപറ്റ വസാബി ആയതല്ലാതെ വനനസനു അവരെ നെസിനെ സാധിച്ചിരുന്നില്ലാൽ ഫസവ കൊടുക്കാൻ വേണ്ടി നിന്നും അഹദുൻ അവ കൂട്ടത്തിൽ നിന്നില്ല ബിനാട്ട ശരവചുനൻ പത്തിൽ ചില്ലാതെ ആളുകളല്ലാണ്ട് പൊസുവ കൊടുക്കുന്നാൽ ഉണ്ടായിരുന്നില്ല ലക്ഷത്തോളം വസഹാന്മാരുള്ള കൂട്ടത്തിൽ പൊതുവാരാതെയ്യാതെ പത്തോ പതി പന്ത്രണ്ടോ ആളാണ് ബാക്കിയ പൊത്തവ് ഇമില്ല വലക്കതുക്കാൻ ഐബന്യർ ഈ പതിമൂന്നാളിപ്പെട്ട ആളായിരുന്നു മർദ്ദങ്ങൾ എന്നാ വക്കാനിര സുവിലിയ എന്നിട്ടോരോട് വല്ല പൊത്തുകൾ ചോദിച്ചാല്യക്കൂറുള്ളി സായിലി ചോദിക്കാം വന്നാലോട് പറയൽ എന്താണെന്ന് അറിഞ്ഞോ ഇല അമീർ അല്ലത് ഉമൂർ അന്നാസ് ജനങ്ങളെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്ത് ഒരു അമീർ ഉണ്ട് ഓറോ ആളും ആദ്യം പോയി ചോദിക്കും ഇതൊന്നും കിട്ടുന്നില്ല വലിയ തലക്ക് ഞാൻ പറഞ്ഞുതരാം അതിന് പറ്റുന്നവരെല്ലാം വേറെ ഉണ്ട് അവരോട് ചോദിച്ചു അത് മറ്റോ തലയിൽ വെച്ചു കൊടുത്ത് എന്തിനും ഓരോ സംഭവങ്ങളിൽ സ്വത്തുപ കൊടുക്കുക എന്നുള്ളത് വിലായത്തിന്റെയും സുൽത്താൻമാരുടെ അധികാരത്തിന്റെ പ്രതിയിൽപ്പെട്ടതാകുന്നു എന്നാ ചോദിച്ചു അതെന്റെ പ്രതിയിൽപ്പെട്ടതെല്ലാം വേറെ സുൽത്താൻ എല്ലാ നിൽക്കുന്നു അവരോട് എന്നെ ചോദിച്ചിട്ട് പറഞ്ഞു നിൽക്കുന്നത് അതൊക്കെ കഴിഞ്ഞത് ആദ്യപ്പെട്ടതാണ് അത് ഓർമ്മ എടുത്തു എന്താ പറഞ്ഞോ മാത്തുവാഴ്ച പത്തിൽ ഒമ്പതും നഷ്ടപ്പെട്ടു പോയല്ലോ ഇന്ന് പത്ത് ഓഹരി വെക്ക ഒമ്പത് ഓഹരി തൊണ്ണൂറ് പേഴ്സെന്റ് ആരോടുകൂടി നഷ്ടപ്പെട്ടു ഉമർ റവിയല്ലാരോടുകൂടി നഷ്ടപ്പെട്ടു പോയി എന്നാ പറഞ്ഞത് അപ്പൊ രണ്ടാം ഉമർ ഞങ്ങൾ ഉണ്ടായ ഒമ്പത് ഓഹരി വർഗ്ഗണ്ടായിന്ന് പറഞ്ഞത് ൂ അപ്പോൾ ചോദിക്കപ്പെട്ട് ആരോട് ഇബിനിമസ്കൃതങ്ങളോട് ഇവിടെ ലക്ഷക്കണക്കിന് അസഹാബിമാർ ബാക്കിയുണ്ടാകുമ്പോ തൊണ്ണൂറ് പേഴ്സെന്റ് ഓരോടുകൂടി നഷ്ടപ്പെട്ടു എന്ന് എങ്ങനെ പറയാങ്ങളാണ് അപ്പൊ തൊണ്ണൂറ് പേഴ്സെന്റ് കണ്ടേ എന്തോന്ന് ഓരോട് ഒപ്പാത്തോടുകൂടി പോയിപ്പോയി ആ തക്കൂലുതാനിക്കം നിങ്ങളെങ്ങനെ അങ്ങനെ പറഞ്ഞത് സഹാബത്തിന്റെ കൂട്ടത്തിൽ വലിയ വലിയ മഹത്വങ്ങൾ ഇനിയും ബാക്കിയില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു തന്നെ ഫോട്ടോ കെടുക്കുക വിധി പറയുക എന്ന ഇൽമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ കൊണ്ടുള്ള പ്രത്യേക ഇൽമുണ്ട് വിമർണങ്ങളെ കല്പിച്ചു അതാ പോയിപ്പോയി ഞാൻ പറഞ്ഞു അത് നടത്താൻ അറില്ല അഹ താറ നീ പറയുമോ അന്നു ആരാധൻ അത് ഈ കലാമിന്റെയും ഈ തർക്കശാസ്ത്രത്തിന്റെയും ഇൽ ആയിരുന്നു ഓരോടുകൂടി നഷ്ടപ്പെട്ടു നീ പറയേണ്ടത് ചെയ്യാനെന്താ ബാലുക്ക നീ എന്താ മനസ്സിലാക്കുന്നു കറയാ നീ എന്താണ് ആഗ്രഹം പ്രകടിപ്പിക്കാത്തത് അല്ല നീ മാർ ആ ഇൽമാണല്ലോ അവരെ മരണത്തോടുകൂടി തൊണ്ണൂറ് പേർക്കെല്ലാം വരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഇൽമെനിക്ക് ഇവിടെ നിന്ന് വിൽക്കുന്നു അല്ലെ അത് കിട്ടാൻ ആഗ്രഹിക്കാത്തത് അതെന്തായിരുന്നു എന്ന് എന്താ പറയാ മനസ്സിലാക്കാത്തത് ബഹുവ അത് തന്നെയാണ് അല്ലാമി ബൽ ജലിന്റെയും കലാമിന്റെയും വാബ് അടക്കാൻ പ്രേരിപ്പിച്ച ഇൽമം അത് ആ ഇൽമത് ഉണ്ടാക്കിയത് ജഗലും വേണ്ട കലാമും വേണ്ട അടച്ചത് തന്നെ ഉണ്ടാക്കലല്ല അടച്ചു ിൽ അഥവാ ഖുർആാനിൽ രണ്ടായ പരസ്പര വൈരുദ്ധ്യം അർത്ഥം സൂചിപ്പിക്കുന്നു എന്നെന്താക്കി ഒരു ഇഷ്ടാലാക്കി ആര് ലബിയെ അപ്പൊ അള്ളാന്റെ ആയത്തിന്റെ താറുണ്ട് മനസ്സിലാക്കാനാണോ നീ ശർമ്മിച്ചതെന്ന് പറഞ്ഞിട്ട് അല്ല അടിയാവൊടുത്തത് താറ് തീർത്തുർക്കല്ല ഈ ആഴത്തും ഈ ആറ്റും തമ്മിൽ വൈരുദ്ധ്യുണ്ടല്ലോ അർത്ഥത്തിൽ എന്ന് ചോദിച്ചപ്പോ ഹജറഹു മാത്രമല്ല മൂപ്പറം തീർച്ച പുറത്തായി കളഞ്ഞു വ അമരന്നാസം ഈ ഹജര ഈ ഓരോടുക്കാണ്ട മിണ്ടാൻ ജനങ്ങളുടെ കല്പനയും കുറിച്ച് ഖുറാൻ ആയത്തിന്റെ ആഴത്തിന്റെ വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കാൻ ഇവർ ശ്രമം നടത്തിയെന്നു വമാ കൗലുകമിൻ ഇന്നൽ മഥഹൂലീന മിനൽ ഉലമാഹുംൽ ഫഖഹാഉൽ മുതകല്ലിമൂൻ നമ്മുടെ അയ്മത്തിൽ നിന്ന് മഷഹൂരീങ്ങൾ ഫഖഹാഉൽ മുതകല്ലിമീകളുമായിരുന്നു എന്നല്ലേ പറഞ്ഞത് ആ ഫിഖ്ഹുകൊണ്ട് ഇൽമൽ കലാമുകൊണ്ട് അല്ല ഓർക്കുള്ള സൂറത്ത് ഓർക്ക് വലിയ സ്വഹാബ് ഉണ്ടെന്ന് പറയുന്നു ഓർക്ക് വലിയ സുഹൂദ് ഉണ്ട് വലിയ തഖ്വ ഉണ്ട് വലിയ വറഗ് ഉണ്ട് അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനം അറബനായി മാറി ഇത്ണ്ടാണ് അപ്പോ സിക്ക് ഹി തക്കല്ലും എന്ന ഭാഗത്തിൽ കൂടിയാണ് അലുരമാലി സുഹൃത്തായി എന്നല്ലെങ്കിൽ പറയുന്നത് എന്നാൽ തെക്ക് പാലം അന്നമാ ജനാലിൽ പതുല ഇന്താ ശൈഖു അന്നാടെ അടുക്കൽ വലിയ പദവി കരസ്ഥമാക്കുന്ന കാര്യം ഒന്ന് വേറെയാണ് വമാനുനാലമി ഹി സുഹൃത്ത് ഇന്തനുൻ ആഹർ ജനങ്ങളിടക്കൽ ഈ പേരും കീർത്തിയും കേളിയും പോലീസും കിട്ടൽ കാര്യമാണ് ഇതുകൊണ്ട് അമ്മയുടെ അടുത്ത് കാര്യമില്ല അക്കാര്യം കൊണ്ട് ജനങ്ങൾ എടുക്കൽ ഇല്ല ആ ഓർ മന്ത്രിയായി വലിയ വണ്ടി പോകുന്നുണ്ട് തുള്ളുന്നുണ്ട് ചായ്ക്കിടക്കുന്നുണ്ട് പോലീസ് പറയുന്നു നോക്കി ജനങ്ങളെ പങ്കൂല ഓക്കെ അന്നാൻ എടുക്കലുള്ള പന്നിന് കിട്ടുന്ന കാര്യം വേറെ ജനങ്ങളെടുക്കൽ പരമ്പര അടിക്കാൻ പറ്റിയ കാര്യം ഒന്ന് അപ്പൊ ഇതുകൊണ്ടാണ് അള്ളാഹെ അടുത്ത് കിട്ടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കി തെറ്റി എംബിരാവിന് ഇൻവെസ്റ്റിന് എത്ര പോലീസ് എന്ന് ജനങ്ങളുടെ അടയിൽ അള്ളാഹ് അടുക്കൽ എന്താ ഉള്ള പറഞ്ഞട്ടെ അത് തന്നെയാണ് മന്ത്രിമാരായ മുലാക്കന്മാർക്കുള്ളത് നോക്കാം പടക്കനക്കാന സുഹൃത്ത് അബീപർ ശ്രദ്ധിച്ച സുഹൃത്തായിരുന്നു ബിൽ ഖിലാഫ ജനങ്ങള് കാണുന്നത് ഹലീതിയായിരുന്നു ശുദ്ധീകരണങ്ങൾ ആരാണ് ഖലീഫിയായിരുന്നു എന്നാ ജനങ്ങൾ കണ്ടത് വക്കാന പമരൂ എന്നാൽ അന്നാളടുക്കുള്ള പന്തരന്താന്ന് ബിസ് അവരെ കൽവിനി എന്തോ തിങ്ങി നിറഞ്ഞ ഒരു സീസൺ ഉണ്ടായിരുന്നു എന്ന് അതാണ് അന്നാൽ അടുക്കളത്താറ് രണ്ടും രണ്ടാണ് ഇനി വക്കാന സുഹൃത്ത് ഉമ്മർമിയെന്നാൽ പോലുള്ള സുഹൃത്ത് എന്താന്ന് ബിസിയാകത്ത് ജനങ്ങളെ അടക്കി ഭരിക്കാൻ അച്ചടക്കത്തോടെ ഭരിക്കാൻ കഴിയുമെന്നതാണ് ആരെ ഉമ്മർമിയന്നാറുടെ പക്ഷേ ജനങ്ങളുടെ അടയിലെ സുഹൃത്താണ് എന്ന വക്കാണ് പതിനെന്താണ് അല്ലാതെടുക്കല് അവരുടെ മരണത്തോടുകൂടി തൊണ്ണൂറ് പേഴ്സെന്റ് ഇൽമ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ആ ഇൽമായിരുന്നു അവരുടെ അല്ലാതെ എടുക്കലില്ല എന്ന പദവി രണ്ടും രണ്ട് ഇത് ജനങ്ങൾക്കറിയില്ല ഏറ്റെടുത്ത വിഷയത്തിൽ അള്ളാഹുബിന്റെ തക്കറുബല്ലാത്ത ഭർത്തൊന്നും കരുതിയിരുന്നില്ല എന്നതുമാണ് അതുപോലെ അവരുടെ നീതി അവരുടെ ശക്ത്വത്ത് കാരുണ്യം ജനങ്ങളോടുണ്ട ഇതെല്ലാം അമ്മും വാസനും ഫീസെത്തി കൽബിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന വാത്തിനായ കാര്യം തന്നെയാണ് ഇത് ജനങ്ങളുടെ അടിയില്ല അവർ സാധാരണ ചെയ്തു വരാനുള്ള ലാഹിറായ പ്രവർത്തനങ്ങൾ വൈത്തു സുദൂർ ഹാമിൻ ജാഹിബ് പുറത്തി നാട്ടിൽ വലിയ രാജാവാ കേടയും കീർത്തിയും ആഗ്രഹിക്കുന്ന ഒരു ദുഞ്ഞാവിന്റെ ഭരണാധികാരി ഉണ്ടല്ലോ അവന്റെ ഉണ്ടാകാം നല്ല ഭരണം കാഴ്ച വെക്കുക അത് താലിബുൽ ജാഹും കേളിയും കീർത്തിക്കും മാത്രം പണി എടുക്കുന്ന ആളെ വെക്കുന്നൊന്നും ഉണ്ടാകാം ലാഹിറായ ഉണ്ടാകാം പക്ഷെ ഈ ബാത്തിനായ പണിയായിരിക്കില്ല നാടൻ രാജാക്കന്മാർക്കില്ല എന്നാണ് ആ വിഷയത്തിൽ കൂടിയുള്ള സുഹൃത്ത് എന്തായി അവർ ഹലാക്കുന്ന സാധനമായിട്ടാണ് മാറിയിരിക്കുന്നത് അന്നാലടക്കൽ അവർക്ക് പതിന് നേടിക്കൊടുത്ത അവർ ചെറുണ്ടെന്ന് പറഞ്ഞില്ലേ അത് ഒരാൾക്കും കണ്ടുപിടിക്കാൻ കഴിയാത്തൊരു ചെറുതാണ് അതുകൊണ്ട് മുട്ടക്കല്ലിങ്ങളുംമാറുംമാരെ പോലെ തന്നെയാണ് ഒരു ലാഹിതമുണ്ട് ഒരു ഭാത്തിൻ വേറിയുണ്ട് അവരെ കഥ ഇത്ര നല്ല കാവിയായി നല്ല സൂറത്തിൽ വക്കിംഗത്തമോ അത് പല തരക്കാരുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ചിലരുണ്ട് അവരെ ഇൽമ കൊണ്ടും അവരെ പത്ത് കൊണ്ടും അല്ലാഹുതാല വേണ്ടത് വെച്ചിട്ടുണ്ട് അവർ ഹലീഫമാർ ആകണ്ടെ ഇൽമോർട്ടാക അതുപോലെ നബീ സല്ലാഹു അനീവനത്തിനെതിരെ വരുന്ന കാര്യങ്ങളെ തടുക്കാനും വേണ്ടിയിട്ട് പക്ഷെ വലസ് അച്ഛൻ അതുകൊണ്ട് റിയാ സോട്ട് എഴുതിയിട്ടുണ്ടോ ഇല്ലാതെ وَرَعَمُ فَ أُولَئِكَ أَهْلُ لِذُبَالِ اللَّهِ تَعَالَى الله تعالى لِذُبَالِ النَّهْلِكَارَ آرَى كُنّوا بِدِي وَطَدْلُهُمْ إِذْ اللَّهِ تَعَالَى اللَّهَ نَدَكَ الْأَبَرْ كُلَّ طَدْلِ لِعِلْمِهِمْ لِعَمَلِهِمْ بِعِلْمِهِمْ عَبَرُ بَدِكَّ إِلْمُ كُنْدَ عَمَلْ شَيْدِلُ النُّوُ ുംനതിരി അവർ ചിന്തിക്കുന്നതും അവർ പൊത്തു കൊടുക്കുന്നതും അന്നാന്റെ വധിന്റെ വേണ്ടി മാത്രമാണ് ഇതാണ് അവർക്കുള്ള പദവിൻ അമലിൻ ഏത് ഇൽമാവട്ടെ അത് അമലാണ് എന്താമല് ഫൈന ഹുസൈലും മുക്തസബിനും അതിനെ അധ്വാനിച്ചുണ്ടാക്കേണ്ട ഒരു അവിടെ അന്നലെ ഇൽമെല്ലാം അമല എന്ന് പറയാം നേരത്തെ വലൈസു അമലിൻ എല്ലാ അമലും ഉണ്ടായിക്കൊള്ളുന്നില്ല ഇൽമായിക്കൊള്ളുന്നില്ല ഡോക്ടർ ആ ഡോക്ടർ അയാള് ചെയ്യുന്ന സേവനം മുഖേന അന്നാല് പ്രീതി കരസ്ഥമാക്കിയാൽ അന്നാൻ അടുത്ത് അയാൾക്ക് തീറ്റിട്ടു പക്ഷെ തൂച്ചടിക്കൽ എന്നുള്ള നിലക്കല്ല കള്ളങ്ങൾക്ക് തിരിച്ചു ഈ തൂച്ചടിക്കുമ്പോ ഇയാളെ മനസ്സിലുള്ള കരുത്തെന്താ നോക്കിട്ടാണ് തൂച്ചടിക്കലും സെൽഫോപ്പ് വെക്കലും മറ്റേ ലാബോറട്ടറി പരിശോധിക്കലൊക്കെ ഏതിന് അല്ല ഇല്ല എന്ന് പറയുന്ന പച്ചക്കഫന് വരെ നടത്താൻ കഴിയുന്ന കാര്യം അപ്പൊ അന്നടടുത്തുള്ള പദവി എന്ന് പറഞ്ഞാൽ ബാക്കിനുള്ളതായി വേറൊരു സങ്കടിയാം വേണ്ടിയിട്ട് അമൽ ചെയ്യുന്ന ഒരാൾ എന്നുള്ളതല്ല അയാൾ ചെയ്ത മണിക്കില്ലെന്ന് അപ്പൊ ഇൽമിനും വരെ കൂരി വ സുൽത്താനു ഇനി സുൽത്താനായാലോ എത്ര മാസത്തോ ബൈനൽ ഹൽക്കി ലായിത്താല പടപ്പയുടെ ഇടയിൽപനി അന്നാന്റെ ഹക്കാൻ പറഞ്ഞു കൊടുക്കാനാണ് നടപ്പിലാക്കാനല്ല നിൽക്കുന്നത് അത് കിട്ടും ഇപ്പൊ എക്കൂന്ന് മറന്നീൻ ഇന്നുള്ള ആയിത്താലെ മുസാബൻ ആ നീയത്ത് വെച്ചാൽ ആർക്കും കൂലി കിട്ടു സുൽത്താനും കിട്ടും അപ്പൊ സുൽത്താനും ഡോക്ടറിന് രണ്ടായി പോകുന്നില്ല നീങ്ങിട്ടായപ്പോ ലാ മുത്തീൻ ഈ സുൽത്താന് ദീനന്റെ ഇൽമണ്ട് എന്നുള്ള ഭാഗത്തിൽ കൂടിയല്ല ഡോക്ടർക്ക് ദീനന്റെ ഇൽമില്ല പക്ഷേ അയാളെ പണികൊണ്ട് ജനസേവനം നടത്താൻ കഴിയും എന്നുള്ള നിലക്കള്ളൂ അയാൾ പഴച്ച ഇൽമുഖേനെ അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കാവുന്ന രീതിയിൽ അയാൾക്ക് അമൽ ചെയ്യാൻ കഴിയും ജനങ്ങളുടെ ഇസ്ലാമിന്റെ ഹക്കാമ് വാർന്ന് കൊടുക്കാൻ കഴിയും എന്നുള്ള ഭാഗത്തിൽ കൂടിയാണ് അയാൾക്ക് ശ്രേഷ്ഠ വൃക്തി ഇനി നോക്കാം അള്ളാഹുവിനെ കൊണ്ട് അടുപ്പിക്കുന്ന കാര്യങ്ങളാകാം മൂന്നാണ് അമരില്ല അതായത് അമനും മുജറും മറ്റൊന്ന് തനിച്ച അമലി ഇൽമിന് അവിടെ ഇതില്ല അതായത് സുൽത്താൻ ഉണ്ടാക്കുന്ന ജനങ്ങളെ നീതിയോടുകൂടി ഇതിനെ അച്ചടക്കത്തിൽ പാലിച്ചുകൊണ്ടിരുന്നു ഒരു പൊട്ടലും ചുറണില്ല ഒരു അടിയില്ല കുഴപ്പമില്ല തർക്കം ഇല്ലാതെ ഇവിടെ എന്താ അത് തനിച്ച പണിയാണുള്ളത് അമല മൂന്നേതാകുക മുറക്കബം മിൻ അമലും അമലും വേണം ഇൽമും വേണം കൂടി മുറക്കമായതാകുക ഇൽമു തരില്ലാത്ത എന്താണ് നോക്കി അവസ്ഥ ബൈന നഖാഹിബഹു മിനൽ ഉലമൈ വൽ ഉമ്മാരി ജമീഅൻ അപ്പോൾ ഈ മൂന്നാമത്തെ പറഞ്ഞില്ലേ അയാൾ ആരാണ് ആമീലുമാണ് ആലിബുമാണ് എന്ന് വാക്കാ രണ്ടുണ്ടല്ല ഫൻനോർ ഇലാ നഫ്സിക നീ നിന്നെക്കൊള്ള ചിന്തിക്കാ തഖൂദു യൗമിൽ ഖിയാമത്തി ഫീ ഹിസ്ബി ഉലമൈ ഇല്ലാ ഖിയാമുന്നാളൈ കിഴഞ്ഞാൽ അല്ലാഹുവിന്റെ ഉലമൈന്റെ കൂട്ടത്തിൽ നീ പോടോ പോടൂല്ലേ എന്ന് നീ നിന്നെ ചിന്തിക്കേ വഅമൽ ഇല്ലാഹി തആല അമ്ലാഹുസ് മഹാ നഹുവാക്ക് അമൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിലും നീ പുടവ് നോക്ക്ബൈമ അല്ലെങ്കിൽ രണ്ടിലും പുടവം നോക്ക് ഈ മൂന്നിൽ പെട്ട ഏതെങ്കിലും ഒന്നും നീ പൊട്ടിട്ടുണ്ടോ നോക്കും വരമായില്ല എന്നാക്കി ഹിൽമൽ മുക്കാശപ്പിയിൽപ്പെട്ട അല്ലെ വയമാരില്ല എന്നുള്ളത് അയമാൽ പെഹ്മാല പെഹ്മാനല്ലേ ഉണ്ട് അഴമാര് കണ്ടാല അത് മൂന്നല്ലേ പറഞ്ഞതെന്ന് ഒന്ന് ഇൽമും മുജറത് അവിടുന്നേക്കൊക്കെ ഹിസ്ബി ഉലമായ ഇല്ലായി രണ്ട് അമലും മുജറത് അമ്മാലില്ലായി അവലും ഉണ്ട് അത് ഏതാണ് മൂന്നാമത്തെ ആക്കണം ഈ പെട്ടി ഈ മൂന്ന് കിസ്മിൽ ഏതിലാണ് നീക്ക് രാമ നാളിപ്പെടുക എന്ന് നീ സ്വയം ചിന്തിക്കണമെന്നാണ് പറഞ്ഞത് അന്നേരം എന്താ സൗന്ദര്യം ഫരീക്കും ബിന്ധുമ അപ്പോൾ ഈ രണ്ട് ഭരേക്കൾ നിന്നുണ്ടല്ലോ നിന്റെ ഓഹരി നിൽക്കും അവന്റെ കിട്ടിയത് തീരുമാനിക്കു കേളിയും കീർത്തിയും പ്രശസ്തിയും എന്നുള്ളത് മാത്രം തക്കലീതാക്കിയിട്ട് കഴിഞ്ഞുകൊണ്ട് നിനക്കാണ് വേണ്ടത് ഇതാണ് അവരെന്ത് കാരണത്താലാണ് അവർക്ക് ഈ സുഹൃത്ത് കിട്ടാനുള്ള കാരണം എന്ത് കാരണത്താലാണ് അള്ളാരിടത്തിൽ അവർക്ക് പദവി കിട്ടിയത് എന്തുകൊണ്ടാണ് മറ്റെല്ലാ ഉമ്മത്തിനേക്കാണ് സിദ്ധിക്ക് തങ്ങൾക്ക് തൂക്കം കൂടിയതെന്തുകൊണ്ട് ആ വിഷയത്തെങ്കിൽ നിൽക്കും പട്ടം കൊതുമറാവു നീ കാണുന്ന ഒന്നിനെ പിടിച്ചു വദം സമയത്ത ബീ കേട്ടിട്ടുണ്ട് കണ്ടിട്ടൊന്നുമില്ല കേട്ടിട്ടേയുള്ളൂ എന്ന് അദ്ദേഹം നീ ഉപേക്ഷിക്കണം പോലും പോലും പോലും ഒന്ന് കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്നെല്ലാം ചാടിയിട്ട് യഥാർത്ഥ അനുഭവത്തിലുള്ളവരെ നീ മൃഗപ്പിടിച്ചു അതിന് കാര്യകാരണം എന്താ സി തലത്തി സൂര്യൻ ഉദിച്ചുയർന്നാലുണ്ട് മാ യുഗനീക്കാൻ സുഹലി സുഹല ആവശ്യമില്ലാത്ത ഉണ്ട് സുഹലം എന്ന് പറഞ്ഞാൽ ഏഴാം പലക്കിന്റെ മുകളിൽ ഉദിക്കുന്ന മങ്ങിയ ഒരു കൗതമ്പാണ് ശനി എന്ന് പറയുന്ന സാധനം സുഹൽ ദുഹലവിടെ നോക്കിയൊന്നും കാണില്ല അപ്പൊ സൂര്യൻ ഉദിച്ചാ പിന്നെ സുഹലം തിരി നാലാനാകാശം ഉദിക്കുന്ന സൂര്യൻ ഉദിച്ചു ഉയർന്നു കഴിഞ്ഞാൽ ഏഴാനാകാശത്തിലെ മങ്ങ നക്ഷത്രത്തിന്റെ ഭർഗാസം എനിക്കും തിരി അപ്പൊ ഇവിടെ മാ തറാവും കേട്ട കേൾവി ഏതാന്ന് അങ്ഹലി അപ്പൊ കേട്ട കളവിനെ മുകളിൽ മാത്രം ചായ പിടി വേണ്ട വിലയിരുത്തിയിട്ട് നിനക്ക് അറിഞ്ഞ് ബോധ്യപ്പെട്ട കാരനെ മൃഗ പിടിക്കാം ഓർ അങ്ങനെയാന്ന് പോലും പോലും പോലും പോലും ഉണ്ടല്ലോ നമ്മളെ ഓർ ഇങ്ങനെയാന്ന് പോലും ആള് പറയുന്നു പോലും ഇങ്ങനെ സുഹൃത്വം ഉണ്ടാകാം ചിലപ്പോൾ കള്ളത്തരം ഉണ്ടാകാം അത് കേട്ടിട്ടല്ല തീരുമാനിച്ചിട്ടുണ്ട് പേരോടുകൂടി അനുകൂലികളാണല്ലോ പറഞ്ഞ ലോൺ പുകഴ്ത്തി പ്രതികൂലി ഓർക്കൊക്കെ ഞാൻ വല്ലാണ്ട് വിമർശിക്കും ചെയ്യും രണ്ടിനും തെളിവ്ക്കുക ഇനി പറയാൻ അനാൻ കുളിമി സീവ്രി സ്വഹായ് സ്ഥല സ്ഥലപ്പുറത്താലിജീങ്ങളായ ചരിത്രം ഞാനിതാ കുറച്ച് പറഞ്ഞുതരാം അന്നേ രാത്രി അവറ മുക്കല്ലിജീകളാണെന്ന് പറഞ്ഞ് ഓറെ മസഹബിന്നാളെന്ന് പറഞ്ഞു നടക്കുന്ന ആൾ നേരെ എതിരി കക്ഷികളാണെന്ന് കാരണം ഓർ പൂർണ്ണമായി അംഗീകരിച്ചിട്ടില്ല ഇവന്റെ കാര്യം നടത്താൻ വേണ്ടി ഓറുദ്ധരിച്ച കൗലും കീതി മാത്രം പിടിച്ചിട്ട് നോക്കിച്ചു ജീവിതത്തിന്റെ ഓറെ പിന്തുടർക്കില്ല അന്നേരം ദിലയിൽ ഓറെ നേരെ പ്രതിപക്ഷത്താണ് നീ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാം നോക്കിയുണ്ടി അത് കേട്ടാന്നെനിക്ക് തിരിയും അന്നല്ലഹലും മതാഹിബും അവരുടെ മതാഹിബിന ഇവർ മാതൃകയാക്കി വെച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഓനാരാൻ ശാസിക്കാം ശാസിന്റെ പൊത്തുകൊടുക്കുന്നതാണോ മന്റെ ജീവിതവും ഇവന്റെ ഇതുവരെ യാതൊരു ഒന്നുമില്ല ഇനി ഇവൻ ചെയ്യുന്ന പണി എന്ത് ഓരോ കൗലങ്കിലും എന്തോ ഉണ്ടോ ഓരോ ഇതിഹാസിന്റെ അതും എല്ലാം എടുത്തിട്ട് ഇവിടെങ്കിലും ഗുളപ്പിച്ചിട്ട് കാര്യം നടക്ക അവരുടെ മതഹ പിന്നെ പിൻപറ്റിയെന്ന് പോലും നരമോഹം നമ്മൾ അയിമ്പത്തി രണ്ടാക്കിയിട്ടുണ്ട് ഉന്മു ചെയ്യാണ് യാമന്നാളിന് ഈ അയിമ്പത്തിന്റെ നേരെ പ്രതിപക്ഷത്തായിരിക്കും ആരുണ്ടാവുക ഇത്തരക്കാരുണ്ടാവുക എന്ന് മനസ്സിലാക്കാം നോക്കി ഒന്ന് കൊണ്ട് അഥവാ പഠിക്കലുകൊണ്ടും പഠിപ്പിക്കലുകൊണ്ടും അവർ ലക്ഷ്യമാക്കിയിട്ടില്ല അന്നാന്റെ വധിനെയല്ലാതെ ലക്ഷ്യമാക്കിയിട്ടില്ല ആരെയും മുൻകഴിഞ്ഞ അയിമ്പത്തുകൾ അങ്ങത്തെ ലക്ഷ്യബോധം എനിക്കുണ്ടോ ഇല്ലയോ എന്ന് പറഹലാസ് കൊണ്ടാണ് അവർ അന്നാടിടത്തിൽ എത്തിയത് ആ എഹലാസ് എനിക്കുണ്ടായിന നീ എന്ത് വകലാ കാത്തിരിക്കുന്നത് നീ എന്ത് പകലാ കാതിരിക്കുന്നതാണ് നമ്മൾ നിന്റെ ജീവിതത്തിൽ എന്താ ബന്ധം ഞാൻ കാതിരിയാണ് ബോധികൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താ ബന്ധം അഗർസാദ് ജീരാണി തൊള്ളിയാവിന്റെ ജീവിതത്തിൽ എന്ത് ബന്ധമുണ്ട് ഈ കാതിരിക്കൂഹിതമിൻ അഹബാളിയും മുൻകഴിഞ്ഞ അയിമ്പത്തിന്റെ അഹബാരിലും നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് മാധവമിൻ അലമാറി ഒലമായില്ലാക്കുക ഉലമാവല്ലാഹൃതത്തിന്റെ അലാമാസുകൾ അവർ നിശരിക്കും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഉലമാവുല്ലാഹൃതത്തിന്റെ എന്തെല്ലാം അലാമാണമോ അത് മുഴുവനും ആരില്ലുണ്ട് മുൻകഴിഞ്ഞ ആളുകളിലുണ്ട് ഒന്നുപോലെ നിന്നിലില്ല അലാമാലമാൻ അലാമത്ത് പറയുമ്പോൾ ഞാൻ മുഴുവനും പറഞ്ഞുതരാം ുംഹി സിഖ്ഹുണ്ടല്ലോ അതിനുവേണ്ടി അവർ കച്ചുകെട്ടി ഇറങ്ങിയവരായിരുന്നില്ല മനസ്സിലാക്കാം ചെട്ടും നോക്കിയാൽബുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധിക്കുന്നവരായിരുന്നു എന്ന് മനസ്സിലാക്കി പക്ഷേ തീവത്ത ആ വിഷയത്തിൽ അവർ തസ്മീഫാത്തല്ല എന്നതാണ് ഒരു കാര്യം ഷാഫിമാ റവിയാൻ ഉണ്ടാക്കുന്ന തസമ കിതാബ് ഉണ്ടാക്കുക അറിയുന്നില്ല എന്താ എന്തിട്ടാ ഉണ്ടാക്കാനും അപ്പൊ പ്രതികരിക്കുന്ന റവിയന്താ കിതാബ് ഉണ്ടാണെങ്കിൽ റസ്മാ റബി വന്നാൽ ഒരു കിതാബ് ഉണ്ടാക്കിയിട്ടുണ്ടോ എന്താ അവർ തസ്നീപ്പിൻ തൊട്ട് വിലങ്ങിയത് അത് തന്നെ മറുപടി വലാസി ിൽത്തലോ തസ്നീഫ് ഉണ്ടാക്കലോ അവർ തോട്ട് തടഞ്ഞിട്ടുണ്ട് എന്തെന്ന് സഹാബത്തർ ഉയർന്നു എന്നു ഫിഖിൻ എന്താക്കിട്ടില്ല ഒരു കിതാബ് ഉണ്ടാക്കി ശത്രി കാണുന്നില്ല അവിടെ എന്താണോ കാരണം അത് തന്നെ ഇവിടെ കുറ്റിക്കും ഏതോടൊപ്പം അസഹാബിമാരായിരുന്നു തേകഞ്ഞ ഫിഹന്മാരായിരുന്നു സത്വന്റെ ഇന്ന് കൊണ്ട് സ്വന്തം കാണുന്ന നിലനിൽക്കാൻ കഴിവുള്ളവട ആയിരുന്നു അതുപോലെ അന്നാന്റെ ചിന്തയെ തൊട്ട് അവരെ തെറ്റിച്ചു കളയുന്നത് അതുകൊണ്ട് അത് ഒന്നോട് സംഭവിക്കൂലെന്ന് അറിയാം എന്തുകൊണ്ട് കിട്ടാണ്ടാക്കിയില്ല എന്തുകൊണ്ട് വേദന ആയി പേര് വന്നില്ല അതേമാരൊരു കാരണം ഇവരിൽ ഉണ്ടാകാം ചെറുപ്പത്തിറ ബാത്തിന്യായ കാര്യത്തിന് സർക്കർ ചെയ്യാൻ വേണ്ടി അന്നാ ഒരു ഇജാ വഹിക്കുന്നെങ്കിൽ തോന്നുന്നു ഇവരുടെ നിലപാട് പുറത്തു വരാതിരിക്കാണ് ഈ അള്ളാഹു താല കൊടുക്കുന്നത് ഇവർ വാങ്ങിക്കൊണ്ട് ചൂലാട്ടേ ബാത്തിനകം തിരിണ്ടാര ഇസ്ലാമിന്റെ അഹമാറച്ച് പറഞ്ഞത് ഞാനീ പറഞ്ഞത് അവർക്ക് താനായിപ്പോയിന്നല്ല നീ പണ്ട് തന്നെ ആരോപിച്ചത് പറഞ്ഞത് സിഖുഹും കലാമും എന്താണ് താനവടിയിലുള്ള ഇത് നിങ്ങൾ വരുത്തി തീർത്ത് മുൻകഴിഞ്ഞ അയിമത്തുകൾ കലാമിലും പ്രസിദ്ധരുമായിരുന്നു അപ്പൊ താനവടിയിലുള്ള രണ്ട് എൽമ കൊണ്ട് ഇവർ നേരം കൂട്ടിക്കളഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞേക്ക് എത്തിച്ചെന്നല്ലേ അപ്പൊ ഞാൻ ഇവർ തേനു പറഞ്ഞു എന്നല്ലേ എന്നെപ്പറ്റി നിങ്ങൾ വിമർശിച്ചത് തേനല്ല എനിക്ക് തിരിച്ചടേ ഞാൻ തേനു പറയുന്ന ആടല്ല മനസ്സിലായി അവരെ പിൻപറ്റുന്നു എന്ന് അവകാശപ്പെടുന്നവർക്ക് താനാ ഞാൻ പറയുന്നത് ഇതെന്താ എങ്ങനെ പിൻപറ്റുന്നത് മൂന്തഹലം മതാഹിബഹും അവരെ മതാഹിബിനെ മാത്രം എടുത്തുന്ന കട്ടെടുത്തിട്ട് അവരുടെ രഹസ്യമായ ജീവിതം അവരുടെ ബാത്തിനിഞ്ഞ ജീവിതത്തിന്റെ വിഷയത്തിൽ അവരോട് നേരെ ഘടകവിരുദ്ധമായിട്ടാണ് ഈ പ്രവർത്തിക്കുന്നത് തീരെ ഇവൻ ശാത്തിന്റെ ആളാണെന്ന് ഇവിടെയാണ് നമുക്കായത് ഇരണാ ആ ഇമ്മത്തനാ തജ്ദീ പറയാൻ ആര് തയ്യാറു നോക്കൂ ഫൽ ഫുഖഹാഉള്ളദീന ഹും ളുമാഉൽ ഫിഖ്ഹി വ ഖാദത്തുൽ ഖൽഖി ഫിഖിഹിൻ ദ നഹ്ദാ കൻമാദാണെന്നും ജനങ്ങളെ നയിക്കുന്നവരാണെന്നും പറയുന്ന അറിയപ്പെട്ട ഫുഖഹാക്കൾ അഹനി ആരാണത് അൽദീന കൻ ഖസ്അബഉം ഫിൽ മലാഹിബ് മദ്ഹബിൻ ബിശയത്തിൽ ദാദാല മനിയായദുകൾ ഉണ്ടായി ആളുകളായിത് അദാരെന്ന് ഖംസത്തുൻ അഞ്ച് ആളുകളായിത് മറ്റാരൊന്നും കൊണ്ടുവല്ലാന്നല്ല ഞാൻ പറയും വറകാലത്തിന്റെ എഴുപതോളം ആളുകളുണ്ടായിരുന്നു കൂടുതൽ പ്രശസ്തിയും കൂടുതൽ അത്തപായങ്ങളും ഉണ്ടായത് ഇവരായിരുന്നു എന്ന് പറഞ്ഞത് അഞ്ചളം ഒന്ന് മൂന്ന് അഹമ്മദ് وَكُلُّ وَاحِدٍ مِّنْهُمْ أَوَلَمْ يَطَّلِ أَوْرَثَتْهُ مَائِدَةٌ كَانَ عَابِدًا وَزَاهِدًا وَخَاشِعًا إِلَى اللَّهِ الْآخِرَةِ وَفَقِيهًا فِي مَصَارِعِ الْخَلْقِ فِي الدُّنْيَا وَمُرِيدًا بِصِدْقِهِ وَجَلالِ اللَّهِ تَعَالَى إِتْرُكْ عَابِدٌ زَاهِدٌ عَالِمٌ بِأُمُورِ الْآخِرَةِ فَقِيهٌ إِنَّ مُرِيدًا بِصِدْقِهِ وَجَلالِ اللَّهِ تَعَالَى أُجِنُّ أُجِنُّ أَذَانَ أَوْكِيلَ بَيْتَكِ وَرَئِمَتُمْ كَشَا رَيْنِي وَنَادِيهِ كادو حالات انخفاضين كمنه 800 ذهدن دمكن را hidden تلاحن ابوها تلاحو بربطان يطلع والعباده كان عابدًا كندا والعلمهم بذوم الاخره كندا غير رؤيه الاخره ناقيات وقد الثقاه في مصالح ديننا വൈറാതത്വം വർദ്ധനുരാ അല്ല ഈ അഞ്ചെണ്ണത്തിനൊക്കെ പിടിച്ചിട്ട് സലാഹം കൂടെ കൂട്ടിയിട്ട് ആറാക്കിരുണ്ട് എന്താണ് വർദ്ധനങ്ങളെ കഴിവ് മുന്നിലെ നമുക്ക് അഞ്ചു കാര്യങ്ങൾ ഇത്തരം ഈ കാലഘട്ടത്തിലുള്ള പൊക്കഹാൽ അവരെ പിൻപറ്റിയത് മിഞ്ചും ലത്തി ഒരക്ഷ കാര്യം മാത്രം ഓറെ ലാഹിയായ തിക്കിന്റെ പശുത മാത്രം എടുത്തിട്ട് ഓറെ അങ്ങനെ എന്നെ പിന്നെ കയറി അതാ കി തി മറ്റൊന്നിനും ഓരോ മാതരിയാക്കിയിട്ടില്ല ഇതിൽ പേരെന്താണോ ഇന്ദിതാവിൽ എന്താ കാതിലെന്ന് പറയണ്ടേ എന്താ ഹസരത്വം വാഹിദശ്മീർ വൽ മുബാലകത്തൊക്കെഹിന്റെ ഏ കീറി എന്ന കോലും നിങ്ങൾ ആക്കി ഇത് പുറത്തിട്ട് ഇങ്ങനെ എട്ട മൂലമാന ഉണ്ടാക്കുന്ന ആ വിഷയത്തിന് ആ മതം മുൻ വെച്ചിട്ട് അങ്ങനെ കീഴാതി ബാക്കി നാലോന്നൽ ഹിസാൻ അല്ലാത്ത ആ കസന ഇല്ലാതില്ലാത്ത ബാക്കി നാലും ദുഞ്ഞാവിൽ ഒരു ഫലം ഉണ്ടാവില്ല പരലോകത്തിൽ എന്നെ കൊടുപകാരം ഇടുന്നു നമ്മക്കിട്ട് നമുക്ക് കേറിട്ടുണ്ട് മഹാദികൾ കസനത്തിൽ വാഹിത ഇവർ എടുക്കാൻ തിരഞ്ഞെടുത്തുന്നുണ്ടല്ല അത് ദസലഹിൽ ദുഞ്ഞ വല്ലാസ ദുഞ്ഞാവിയിലേക്കും പറ്റും ആശ്രമത്തിലേക്കും പറ്റും അതുകൊണ്ട് അത് മാത്രം ഗംഭെടുത്ത് ബാക്കിയല്ലെങ്കിൽ തല്ലി എപ്പോഴാശ്രേക്ക് വെച്ചൽ ഇന്നുവരീ നമുക്ക് ലാഷട ആഹടത്തിന് ലക്ഷ്യം വെച്ചെങ്കിലാണ് പിന്നെ പുറം ആഹൃതത്തിലേക്ക് ലക്ഷ്യം വെച്ചാൽ ദുഞ്ഞാവിന്റെ വരുമാനം കുറയും ചെയ്യും ഈ ചെക്ക് കൊണ്ട് ആകരത്തിന്റെ ലക്ഷ്യമാണ് വെച്ചതെങ്കിലും ഞാൻ ഒരുപാട് കിട്ടൂല മനുക്കടലെല്ലാം ഉണ്ടാവും ഇവർ അതിന്റെ വേണ്ടി നല്ലോണം മെനക്കെടുന്നു അതുകൊണ്ട് അവർ പറത്യപ്പെടുത്തപ്പെടുന്നുല്ല ഇമ എന്നാൽ ആ ഇമ്മത്തിന്റെ മാന മുഷാബത്ത് ആയിരുന്നു വെച്ചിട്ടാണ് നിൽക്കുന്നു എവിടെ കിടക്കുന്നു അത് അൻ തുൽ കൊല്ലപ്പണിക്കാർ മലായിക്കത്ത് ഒരുപോലെയാണെന്നോ കൊല്ലംമാറും മലായിക്കത്ത് ഒരുപോലെയെന്ന് മലായിക്കത്തിലൂടെ ക്യാസാക്കാനാണ് കൊല്ലം മാറും എന്തായി പറയുന്നു ജാതിമാറിനോട് നമ്മൾ ജാതി നമ്മൾ ഗാധിജീവം ക്യാസാക്കാനാ എന്താ എന്താ വകുപ്പ് അതുകൊണ്ടപ്പോലി റുബാറങ്ങി മേൽ പറയപ്പെട്ട നാം ഉപേക്ഷിക്കുകയും അവരിൽ ഉണ്ട് എന്ന് പറയപ്പെട്ടതുമായ നാല് കാര്യമില്ലേ ആ നാല് കാര്യം എത്രത്തോളം ആഴത്തിൽ അവർക്കുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം എന്നാ പിന്നെ പൂർവയ്യായ ഇൽമോ അതായിരിക്കും പറഞ്ഞറിയിക്കേണ്ട അവർക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് ആരുമായിരുന്നു എന്താ ഫൈനമായി തെറ്റുകൊണ്ടുള്ള ഇൽമുദാണത് പറയേണ്ടതില്ല ചാബിമാമ ജാന്നായിരുന്നു പറയോ പക്ഷെ ആളുകൾക്ക് തിരിയാത്തതിന്റെ കാര്യമുണ്ട് അമ്മുശാത്തിമുല്ലാ ജിസാർ രാത്രിയെ മൂന്നോഹരിയെയും ഒരോഹരി ഇൽമു പഠിക്കാൻ ിൽ നിപാതത്തിരി നിബാതത്തിന് വേണ്ടി ഓരോഹരി ഉറങ്ങാൻ പറ്റും അതുകൂടാണ്ട് കഴിയില്ലല്ലോ ഇങ്ങനെ രാത്രി മൂന്നോഹരി വെച്ചിട്ട് ഈ രീതിയിലാണ് രാത്രി ഓരി വെച്ചത് തൊന്നൂല് പറയാൻ അവർക്ക് രാത്രിയില്ല കേട്ടോ റമദാൻ മാസത്തിൽ അറുപത് ഹത് മോതിയിരുന്നു എന്നാണ് അറുപത് ഹത്തുകൾ പ്രതിരോധത്തിലായി രണ്ട് കണ്ടുകൾ കൂല്ലുകാലിച്ച പിസ്തല അത് മുഴുവൻ നിസ്കാരത്തിൽ വെച്ചാൽ തീർത്തിരുന്നാവും എന്താ വിശത്തിൽ വക്കാനൽ ശിഷ്യന്മാർ ഉൾപ്പെട്ട ബുബൈ ിന് ഓരോ പത്തും ഓരോ ദിവസത്തിൽ രണ്ടോകുമ്പോ കിച്ചൻ ഒന്ന് നമുക്കൊരു കൊല്ലം കൂടി എത്തിയിരുന്നുണ്ട് ഞങ്ങളൊന്നും വന്നേക്ക ഒരു കൊല്ലം കൂടി പറയുകയാണ് ഞാൻ രാത്രി കൂടിയിട്ടുണ്ട് റൈലൈലത്തിൽ വച്ചരാത്രിന്നുമല്ല കുറെ രാത്രികൾ പലപ്പോഴും സക്കാർ മുസലീൻ സുനുസല്ലൈനി രാഷ്ട്രീയത മൂന്നിലൊരു ഭാഗം അവ നിശ്ചിത്തരമായിരുന്നുമാറായിട്ടു എഴുതി നല്ല ഖംസീനായ തന്നാൽ അൻപത് ആഴ്ത്തിനേക്കാണ് കൂട്ടുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പൊ എന്താ ഇത്ര കുറച്ചുപോയി അതിലാഴത്ത് ചിന്തിച്ച് ചിന്തിച്ച് നെപ്പറ്റിയിട്ട് ഇങ്ങനെ ആഴത്തിൽ പടം നടത്തിക്കൊണ്ടാകുന്നു തറ കൂടുതലോധിയത്വമായ നൂറാഴ്ച എന്താ അത് وكان لاجم ربي ايه الرحمه لله تعالى له نفسه ولجميع المسلمين والمؤمنين رحمه الدين ആയത്തിലാണോ പ്രകത്തുന്നത് എന്നാൽ ആ رحمه തേടിക്കും സ്വന്ത കാര്യത്തിനും മറ്റെല്ലാ മുസ്ലിമീങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും അതിനുകൊണ്ട് അല്ലാഹുവോട് വരണം അങ്ങനെയാണ് ഓതിങ്ങിനി പോകും وكان لاجم ربي ايه عذابين عذابين ذات ولد വന്നില്ല ഇല്ല തഹബതിനാ അദിൽ അല്ലാഹുവോട് കാവൽ നടിക്കിക്കൊണ്ട് говариനറ്റന്നട ഇടപ്പുറ പോവൂല യും അമ്ബിനെ തൊട്ട് സ്വന്തം തടിയേയും മറ്റ് മോമിനെയും കാക്കാൻ വേണ്ടി അമ്മാനോട് അല്ലാതെ പോകൂല അപ്പൊ ഈ രണ്ടായിരത്തി രണ്ടവസ്ഥയിലേക്ക് ലെത്തിയത് അപ്പൊ ഹൗസ് റജ ഈ രണ്ടും മൂത്രകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാലോ പന്മത്തിനകത്ത് അച്ഛനും അതാബിനകത്ത് തരുമ്പോ കവലത്തേന്ന് അപ്പൊ ഹൗഫുകള Hey a a ി അതെന്താ അറിയിക്കുന്നത് അല്ല തപശുദ്ൽ അവർ ആഴത്തിൽ പടർന്നു നടത്തുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും അവിടെ ഇത്രയും സമാധാനം നീങ്ങിപ്പോയി അതിന് ആഴത്തിൽ മൂപ്പർ ചിന്തിക്കുന്നുണ്ടോന്ന് മനസ്സിലായി കത്തമ്പാങ്കിലല്ല പരിപാടി وقال الشافيه رمي الله نبرين ما شبيعت منذ سيث عشر سنة فادنا رجل ما ينبعنا بايرنا رجل بشانكة بالله ما أرغب فادنا رجل ما ينبعنا بايرنا رجل ما ينبعنا بشانكة بالله قال لأن الشبع يسكن البدن بايرنا رجل شريعت انبعنا قولوا ويقصي القلبا قلبنا كتابة لاكيك اليهم ويزيل القيطنة بطيسامر في, في القرصيك اليهم ويجلب النوم أرقن وربطكو അതിന്റെ സാഹിബിനെ വിവാദത്തിനെ തൊട്ടുണ്ടാക്കും തളർത്തിക്കളിയുകയും ചെയ്യും എത്ര ദൂഷ്യം ആറ് കാര്യം ബദനം യുഖത്തിൽ കൽബൽബിൻ ലോകം ഇവാദത്തിനെ തൊട്ടുണ്ടാക്കും ക്ഷുരമുണ്ടാക്കുകയും ചെയ്യും അഞ്ചു കാര്യമാണ് നോക്ക് ഫോൺ മുറ ലാഹിക്കുമ്പോ തിക്കരി ആപാ തി വയറ നിറച്ചലിന് ആപാ തെണ്ണമർ ശാരീരികമായ ദൂശ്യങ്ങളോ അനാരോഗ്യ പ്രശ്നമെല്ലാം ഊബറിണ്ടുന്നു എല്ലാം മാത്രവുമായി ബന്ധപ്പെട്ടതാണ് നോക്കാ കൽപിന്റെ കഥാപത്ത് പ്രസ്ഥാനത്തിന് നീക്കറി ഉറക്കു വളർന്നിട്ട് വിവാദത്തിന് ബലഹീനതയുണ്ടാക്കി ഇതെല്ലാം ശാരീരികമായ ഭിന്ന വി അതോടൊപ്പം തന്നെ കഠിനാധ്വാനം വിപാദത്തിന് വേണ്ടിയിട്ടാണ് ഊപ്പറന്താക്കിയത് ഭാരലിനെ ഒഴിവാക്കിയത് വറക് സുത്താൻ പതി തക്കലു വിഭാഗത്തിന്റെ അതിലട കിടക്കുന്ന ഭക്ഷണം കുറച്ചല്ല കിടക്കുന്നു ഞാൻ അന്നാലെ കൊണ്ട് കത്തം ചെയ്തിട്ടേ ഇല്ല നല്ലതാണെന്ന് ചെയ്തു അല്ല അസാധിക്കൻ വല്ലാ സാധിക്കും കളവായിട്ടും ശ്രദ്ധ ചെയ്തിട്ടില്ല നേരായിട്ടും ശ്രദ്ധ ചെയ്തിട്ടു കളവറ്റൊട്ടും ഉണ്ടാവൂല എന്താ അത് ഇപ്പം മുറിയില്ല ഹോമത്തിൽ ഇല്ലായിട്ട് അന്നായിത്താലാൻ ആദരിച്ചതാണ് നിങ്ങൾ കണ്ടെല്ലാം പറയാൻ വേണ്ടി ഒന്നായില്ലായ്മ ശബ്ദം ചെയ്തു അന്നാനേയും കൂടി ഉപയോഗം വദലാലതു ദാലിക അനാ ഇൽമിഹി ബി ജലാലില്ലാഹി സുബ്ഹാനഹു വ തആല അല്ലാഹു തആല മൂപ്പർ എത്രത്തോളം ബഹുമാനിച്ചിട്ടുള്ളവ ജലാല എത്രത്തോളം ആരാധിച്ചിട്ടുണ്ട് എന്ന് ഉദ്ദേശിച്ചതന്നിലില്ല വസൂല സഫിയ റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടൻ മസ്അലത്തിൻ ഒരു മസ്അല ചോദിച്ചു പാസാക്ക തമൂപ്പർ ഒന്നും പറഞ്ഞില്ല സഖീര ലുഹാലതു ദീബു റഹ്മതക അല്ലാഹ് എന്താ നിങ്ങൾ മറുപടി പറഞ്ഞുടാനാണ് ചോദിച്ചു പറഞ്ഞറിയോ സുഹൂത്തിലാണോ അള്ളാടുത്തൽ സ്ഥാനം അല്ല ജവാബിലാണോ സ്ഥാനം എന്ന് ഞാൻ അറിഞ്ഞതിനു ശേഷം പറയാം അത്രത്തോളം അടുത്ത് ചിന്തിച്ചിട്ട് എനിക്ക് പറയും സുക്കൂത്തിലാണ് കൈതെങ്കിൽ മുണ്ടെടുക്കും ജവാബിലാണ് കഴിഞ്ഞിൽ ജവാബ് കിട്ടും അത് ചിന്തിച്ചതിന് ശേഷം തീരുമാനിച്ചു അവർ നാവിന് എത്രത്തോളം കടിഞ്ഞാൻ ഇട്ടിട്ടുണ്ട് മുറാക്കബത്തീരുന്ന ചോദിച്ചാൽ മറുപടി മോശമാവില്ല ആരിഞ്ഞോടാ ചോദിക്കും പക്ഷെ അതിനെ നീങ്ങത്തെ എങ്ങനെ ഇരിക്കുന്നു നമുക്കെന്ന് മഹാൻ ഹസത്തുല്ലാന്നുമായിട്ട് അസന്താൽ ഏതോടൊപ്പം മറ്റുള്ള ആളെ നേരിൽ കുതിരകാരാണ് ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല അങ്ങേതെന്ന് നാഭം കൈയ്യോണ്ട് കുതിരകാറിൽ പോയതെങ്കിൽ ചിലപ്പോ തന്റെ കുതിരം കിട്ടും അല്ലെങ്കിൽ കേസാവും കൊണ്ടാൻ വേണ്ടിയാവും നാഗം കൊണ്ട് വെച്ചാൽ അത് മറ്റുള്ള ആളെ കുതിരകാരൻ ഉപയോഗിക്കുന്ന അങ്ങഏതാണ് ആവ് വായസാഹാരം നിർബന്ധ കടിഞ്ഞാണും ഇടാനും കൺട്രോൾ ചെയ്യാനും ഏറ്റവും ഗുരുത്തംഘട്ട അങ്ങുണ്ടെങ്കിൽ അതൊന്നാവാൻ അതിനെയാണ് മൂപ്പറം എന്തിലാ ഹയർ ജവാബിലാസെങ്കിൽ അങ്ങനെ സുഖൂത്തിലാ സയതെങ്കിൽ അങ്ങനെന്ന് നോക്കിയിട്ട് ചിന്തിച്ചിട്ട് പറയാന്നാ വബീ എസ്തബീനും അന്നമുക്കാണ് എല്ലാ എത്തക്കല്ലം വലാ എസ്കത്തു ലാ ഇല്ലാദിനയിലേ വണ്ടി ഇല്ലാന്ന് പറഞ്ഞു ആ അതുകൊണ്ട് ഞാൻ കിത്താവിന്റെ എത്തി വായിച്ചാൽ ബസ്സൊക്കെ കണ്ട വണ്ട പണ്ടൊക്കെ അവര് ഇത്താവിന്റെ അട്ടിമറിക്കുന്നതിന് കേട്ടിന്ന പറഞ്ഞു അയിപ്പൊന്നില്ല വേണ്ടത് അവളെ കാണിക്കാ പള്ളിയിൽ ഇപ്പൊ ചൂച്ചു ഏത് ആ പുതിയ കഴിഞ്ഞു വിട്ടോണ്ടന്ന് അടാ ഇറളം പോയപ്പം പറഞ്ഞില്ല കിട്ടാവ് അട്ടിമറിക്കുന്നു ഞാൻ കണ്ടിട്ടില്ല ആ അപ്പോൾ അള്ളാഹിന്റെ അടുത്തിലുള്ള പകലും സവാദും കരസ്ഥമാക്കുന്ന വിഷയത്തിൽ മാത്രമേ തക്കല്ലുമോ സുക്കൂത്താമോ ചെയ്തിരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കാൻ കഴിയും അഹമ്മദ് പുറപ്പെട്ട് കനാദിയിൽ കൂടി നമ്മൾ പിന്നാലെ പോയി അപ്പോൾ ഒരു റജുലി ഇൽമിന്റെ ഹരികാരിൽപ്പെട്ട ഒരാൾ എന്തൊക്കെയോ ജീറ്റ പറഞ്ഞു മ്മടെക്കുള്ള നോക്കീട്ട് പറഞ്ഞു ഇവിടെ നിൽക്കല്ലേ ഇയാള് പറയുന്നു കേൾക്കാൻ പറ്റീപത്ത് പറയുന്ന കഥസ്ഥാന ഇവിടെ നിൽക്കല്ലേ പൂക്കാലമായ മനുഷ്യമായ കലാന്ന് കേക്കലിന് തൊട്ട് നിങ്ങളെ കാതിന് അത് ശുദ്ധിയാക്കണം നിനക്കല്ല ത്തൊക്കെ മണ്ണിൽ നിൽക്കുന്ന അത് മൊഴിവല്ലൊട്ട് നിങ്ങളെ നാവിനെ സൂക്ഷിക്കുന്നില്ലേ എന്നതുപോലെ മാരങ്ങൾ പറയുന്നത് കേൾക്കാനും നിൽക്കണ്ടാണ് കാരണം കേൾക്കുന്ന പറഞ്ഞ ആള് കൂട്ടുകാരനും ഫൈന സഫീഹ ഈ സഫീഹായ മനുഷ്യരുണ്ടല്ല ഒരാളിത് ഏറ്റവും ചീച്ചയായ കാര്യം എന്താണ് അതാളയാളെ ചെറുതീക്കെടുക്കുക എന്നിട്ട് അത് ഇങ്ങനെ പൊക്കി പറയും നല്ലതായൊക്കെ അവരാ അതുകൊണ്ടാണ് അയാളെ ഓട്ടം പറയുന്നത് സഫീ അയാൾ ലയ്യം അവന്റെ പാത്രത്തിലെ ഏറ്റവും വടക്കായ സാധനം അയാൾ കണ്ണിൽപ്പെടുക അത് നിങ്ങളെ കാതാകുന്ന പാത്രത്തിലേക്ക് ഊഹിച്ചു തരാൻ വേണ്ടയാൾ ശർമ്മം നടത്തിയത് അവിടെ നിങ്ങൾ കാർ കൊടുക്കണ്ട വലവ്രതത്തെ കരിമത്ത സഫീഹി ആ സഫീയെ പറഞ്ഞ കലാമ നിങ്ങൾ തട്ടിക്കറഞ്ഞിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ ആള് ശതീയല്ലോ എന്നതുപോലെ ഈ തട്ടിക്കളഞ്ഞ ആൾ ഇതുമാകുന്ന രണ്ടാളും ശ്രദ്ധിക്കാം പറഞ്ഞു ഒരു ഹക്കീമും മറ്റൊരു ഹക്കീമിനെ കഴുത്തെ മറ്റേക്ക് ഇൽമ നൽകപ്പെട്ടിട്ടുണ്ട് ദോഷങ്ങളാകുന്ന ഇരുട്ടുകൊണ്ട് നിന്റെ അച്ചടയാക്കല്ല പ്രകാശത്തിൽ നടക്കുന്ന സമയത്ത് നീ ഇരുട്ടത്തി തപ്പേണ്ടി വരികയാൻ ഒരു കത്ത് ചെന്നിനോ ഇനി എത്ര മാത്രമുണ്ട് ഈ കൽവിത ദുന്യാബിന്റെ ഹുബും അള്ളാഹുബിന്റെ ഹുബും ഒരുപോലെ എന്റെ കൽവിൽ അല്ല വന്നിട്ടുണ്ട് എന്ന് വാദിച്ചാൽ അവ പറഞ്ഞ് കളനാവുന്നു അങ്ങനെ ഒരുമിച്ച് കൂടുതലാന്നാ പറഞ്ഞു നമുക്ക് ദുഞ്ഞാവിനോടും ഹെബ്ബുണ്ട് അതിലേറെ അള്ളാഹോടും ഹബ്ബുണ്ട് എന്നാ വാദിക്കുന്നു എന്നാ പറഞ്ഞ കളരാത് അതുണ്ടെങ്കിൽ ഇതില്ല ഇതെന്തെങ്കിലും അങ്ങനെ ഉണ്ടാവില്ല ി ചില നാട്ടുവുപ്പന്മാരോടൊപ്പം അങ്ങനെ മക്കയിലേക്ക് മടങ്ങി വരുമ്പോൾ പത്തായിരം ദൃഹമുണ്ടായിരുന്ന മക്കന്റെ പുറത്ത് ഒരു തമ്പടിച്ചു യൗസൂനഹു ജനങ്ങളിങ്ങനെ വരാൻ തുടങ്ങിയില്ലേ മുപ്പർ കാണാനില്ല ആ മൗതിയിൽ നിന്ന് ഊപ്പർ നീങ്ങിയിട്ടില്ല പത്തായിരം ദീർഘം മുഴുവനും മാറി വിതരണം ചെയ്തതിനു ശേഷം തട്ടിക്കൊട്ടിട്ടാണെന്ന് താക്കി മക്കിയിലേക്ക് ഒരു പത്തായിരം ദൃഹം നിർമ്മി ചെയ്തു തീർത്തത് കാണാൻ വരുന്ന കല്ലാം ഹമാമി മറത്തൻ ഒരു ദിവസം കൊളിപ്പരയിൽ നിന്ന് പുറത്തുവന്ന് പാട്ടൽ ഹമാമിഞ്ഞ മാലം കത്തിയിറാൻ ആ കൊളിപ്പരക്കാരനുണ്ടല്ലൊ വൈ ചൊടുത്തു وذاقت صوتهم يديها مرتان كையில் நின் சாட்டவார ഒരിക്ക താവീടുപോയി ഫറഫഹു الانسانിലേഹി വലാല ദെടുത്തു ഫഅതാഹു ജസാഅൻ അലി കംസീന ദിനാറൻ 50 ദിനാറാണ് ഓർക്ക് പറഞ്ഞു എല്ലാം കൊടുത്തു ചാട്ടവറ് കൊടുത്തു എന്നിട്ട് ധർമ്മം നോക്ക് വതഖബത് 샤ഫി റബ്ബുള്ളാഹി റഹ്മൻ അശ്ഹറുമിൽ അന്തുഹക അത് പറഞ്ഞാലക്കവില്ല അക്താനുണ്ട് വറഈസ് അസ്-സുഹുദി സഖാവു കാൻ സുഹുദിന്റെ തടക്കം മോടുന്ന സഖാവാണല്ലോ ലിയന്ന മൻ ഹബ്ബ ശൈൻംം സകഹു എന്നെങ്കിലും വസ്വുനെ ചെയ്തിട്ടുണ്ട് എന്നെക്കൊണ്ട് കുറിചോക്കും വലം യഫാരിഖൽ മാല ഇല്ലാ മൻ സബറതു ദുന്യായിൽ ഫീ ഐനി ദുന്യാ വാട കന്നിലാണോ ചെറുതായി അവരല്ലാണ് ബൈസറുതടുലുലല്ല അൻഷീബി ജാനംഗി ദുന്യാ ദുർദാകണം റഹ്മാനുസ് സുഹുദി അന്നെനെ സുഹുദിന്റെ അർത്ഥം വ യദുൽ നവറാ ഖുബ്ബതി സുഹുദി വ സിദ്ദതി ഖൗഫിഹി മിനല്ലാഹി തആല അവര സുഹുദി ഏറ്റവും മാത്രമേ ശക്തി ധ ആയിരുന്നു അല്ലാഹുവിനോടുള്ള ഖൗഫ് ഏറ്റവും മാത്രമേ ശക്തി ധ ആയിരുന്നു വസ്തിഖാലു ഹിമ്മതിഹി ബിൽ ആഖിറ അവരെ ഹിമ്മത്ത് ആഖിർ അങ്ങോട്ട് ഷോല ആയി ധ ആയിരുന്നു എന്ന് അറിയിക്കുന്നത് മാരുദിയ തുബ് അന്നഹു റമ തുബ്നാ ഇബ്നു അയ്യ അൽ വ യൈന തുബ്നാ ഇബ്നു അയ്യ അൽ വ യൈന തറബിയല്ലാഹി നിമാത്ത് ജൈദു ഹദീസൻ ഒരു ഹദിയെ തിരിവാറ്റ് ചെയ്തു എന്തെങ്കിലും റക്കായ് മനസ്സിന്റെ റക്കായ്ക്കുണ്ടല്ലോ ആശ്രഹത്തിന്റെ കാര്യം പറയുന്നത് ആ കാര്യത്തിൽ ഹദി വിവാചപ്പോൾ എന്നാണ് ബോധം കണ്ടുകൊണ്ടുവരുന്നവർ ഹദി തന്നെ മാന ഉൾക്കൊള്ളാൻ സൗഖ്യം അനുവദിച്ചില്ല അങ്ങനെയുണ്ട് അസീപ്ത്തരോട് പണ്ടാക്കുന്ന ഒരാഴ്ചക്കാരൻ ബാധിത കിട്ടാവിനൊന്നും പറ്റൂട്ടല്ല മുറക്കം മുറുക്കം ഉണ്ടാവുന്ന ആപ്പകളോ എത്ര അളവല്ലോ അതൊന്നും കഴിയൂല ഷാഫിമാവ് ബോധം കെട്ടുകൊടു സ്വസീലു കഥ മാത്ത ഓർ ഒപ്പാട്ടായി ഞാൻ പറഞ്ഞതല്ല ഷാഫിമാട്ടിപ്പോയി സ്വക്ാല അപ്പോൾ സ്വത്തിയാണ് പറഞ്ഞുണ്ടാന്നറിയോ ചാതിമാർങ്ങാനും ഒപ്പാത്തായിപ്പോയെങ്കിൽ ഈ കാലഘട്ടത്തിലുള്ള അസുഖലായ ഒരാളും പാത്തായിപ്പോയല്ലോ ഒന്ന് ഓറ് പറയുന്നത് ഞാനും എന്ത പറഞ്ഞ ഇരിക്കും ആദരിങ്ങളെപ്പറ്റി ദാഹിര്യങ്ങളെപ്പറ്റി എല്ലാം നമ്മുടെ സംസാര വിഷയം ഫഖാല ലിയ ഉമർ അപ്പോൾ ഉമർ എന്നോട് പറഞ്ഞു അരുടെ അബ്ദുല്ലാഹോട് മാ റഅൈതു ഔറാവല അഫ്സഹ മിൻ മുഹമ്മദിബ്നി ദിരീത് അശ്ശാഫിഇ യ റസൂലില്ലാഹി യകാൽ യഹ്ത മദറുള്ളവറു മഹ്ത ഫസാഹത്തുൽവറു മാ ഞാൻ വറാലി കണ്ടില്ല എന്ന് ആര് പറയുന്നു അബ്ദുല്ലാഹിബ്നി മുഹമ്മദ് പറയുന്നു അതിന് ഒരു തെളിവ് ഖാല ഖുൽ ഫാര ഖറജതു അല ഞാൻ ഉറപ്പട്ടിരുന്നു വഹുവ ആരി ചാഹിമാഹു വൽഹാരിസീന്റെബീതുകൂടി പുറപ്പെട്ട് മൂന്നാളും കൂടി ആ കൂട്ടുകാരണ്ട് ഈ അബ്ദുന്നുണ്ട് ഈന സഫയിലേക്ക് പുറപ്പെട്ടു വക്കത്തല്ലേ സഫ വക്കാൻ ഹാരിസു ഹാരി ആരായിരുന്നു ഹാരിന്റെ ലബീറ്റ് ദിൽമിയുടെ സാരിനായിരുന്നു അങ്ങനെ പേർ വോട്ടാരംഭിച്ചു വക്കാന ഹസനോദി നല്ല ശബ്ദമുള്ള ആളാന്നാര് ഈ ഓതിനാണ് ഹാരിസ് ആരാണ് ഓദ്യസ് അല്ലേ ഹാദി താര ഈ ആട്ടാണ് ഓടിയത് രാമനാള്ളപ്പറ്റി ജനങ്ങൾക്കിന്ന് സംസാരിക്കാൻ കഴിയാത്ത ദിവസമാണ് സംസാരിക്കാൻ അനുമത കൊടുക്കൂല അന്നതില്ലേ അങ്ങനെയാണ് ഇങ്ങനെ ഒന്ന് എതിർബോധിപ്പിക്കൽ ഒന്നുണ്ടാവൂല മുണ്ടാമ്പിടാത്ത ദിവസം ക്രമിയെന്നറിഞ്ഞാ കണ്ടെന്താന്ന് അറിഞ്ഞോ ലൊക്ക മൂപ്പറം നറമാകമാണിച്ചു വകശാറ ജിൽദുവും മൂപ്പുറത്തോലി ഇങ്ങനെ ചൂടിയാൻ തുടങ്ങി വാൽത്തറ വൈസറാവശതീതൻ കഠിനമായ വറവറച്ച് വഹർ വഹർ മഹസീ എന്നര ഈ ബോധമില്ലാതെ വിടുപോയി നാളത് അറിയാമെന്നാ ഭയാനത് നമുക്കാണ് വളരെ കണ്ടു ഫലം മാഫക ദാല യഖൂൽ ബോദ തവലിബന്ത പറയുന്ന അഹൂബികു മി മഖാമിൽ കാദിബീൽ മഹ്റാബിൽ ഗാഫീരീൻ ഗാഫീരീനടവഗണ കാദിബീൻ അടാ മഖാമിനട്ടോ ഞാൻ ഇദാ കാബന്നത്തോടും റബ്ബേ അല്ലാഹുമ്മ ലക ഖലഹത ഖുദൂബിൽ ആരിദീൻ എല്ലാ ആരിദീങ്ങളുടെ ഹൃദയങ്ങളും നിനക്ക് വേണ്ടി കീഴ്ടുങ്ങിയിരിക്കയാ വന്നത ലക ലിഖാബൽ മുസ്താഖീൻ നിന്നെ ശൗഖവക്കുന്നവരുടെ പലടികൾ മുഴുവനും നിനക്ക് ഏൽപ്പട്ടിരിക്കുന്നു इलाही हब्ली जोदक वदल्ली लि बिसतरी वा कुअन्तकसीली बिकरमी वजीहिक इन्नु दुआची निन्ने சத்துரு கொண்டنه போகப்பிக்கணும் నిన్న జోదనికి ఆశరమాయ నల్గణం ఎంద పోరాయి నగల్ నీకు maafathi theranam nu dhuachi vil kana tumma mata ninna mukku poyadu wan taratna nammalum pirinju vellu falamma dakhantu baghdad nanangena baghdad il atheppol okkanu hobil iraq tafimamodundu iraqil irukkadu ശക്തി അഥവ ഒരു ഇശ്വല ഞാൻ കൊടക്കരയിൽ എന്നിട്ട് നിശ്ചയിക്കാൻ വേണ്ടി ഒതുണ്ടാക്കില്ല ഇത് മറബി റജുരൻ അപ്പോഴതാ ഒരാള് പോകുന്ന സ്വകാലനീ എന്നോട് പറഞ്ഞത് ഞാൻ ഒരാൻ അക്ക നീ മുതു നന്നാക്കി എടുക്കുമാനെ നൽപതം ലഭിക്കില്ല അഹസനല്ലാവി ദുന്യാവല്ലാഹ് ദുന്നാവിനും ആഹരത്തിനല്ലാന്ന് എനിക്ക് ഇത്താൻ കഴിയും ആ ഒതു നന്നാക്കി ഇത്താനോടുകൂടി ഒന്നുണ്ടാക്കുന്നു ആരാണീ പറഞ്ഞാൽ പലത്ത പത്തു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു റജുലിന്റ് ജമാഅത്തിൻ വലിയൊരു സംഘമാണ് അവിടെ അനുഗമിച്ചിങ്ങനെ പോകുന്നത് ഞാൻ വേഗത്തിൽ ഒന്നുണ്ടാക്കി ആ പിറന്നാളെ പിന്നാലെ തന്നെ ഞാൻ ഓടിക്കും അത് ആരാരാണ് കണ്ടുപിടിക്കണ്ടേക്കുമ്പോൾ എന്നെക്കുള്ള തിരിഞ്ഞിട്ട് പറഞ്ഞു പക്കാല ഹല്ലക്കെ എന്താ വല്ല ആവശ്യമുണ്ടോ എന്നാ വന്നത് തക്കുൽ തുന കൊണ്ടെന്ന് പറഞ്ഞു എന്താ അള്ളാഹു താഴ നിങ്ങൾക്ക് പലതും പഠിപ്പിച്ചിട്ടുണ്ട് എനിക്കുണ്ടെന്ന് പറഞ്ഞു സ്വകാലലിയെന്നോട് പറഞ്ഞ നല്ലൊരു ഉപദേശം അള്ളാഹുവിനോട് താദിക്കായി പെരുമാറുന്നുണ്ടോ എന്ന് അവ രക്ഷപ്പെട്ടു കാര്യത്തിൽ എപ്പോഴും പേടിച്ചു നിന്നോ എന്ന് ആപത്തിനൊത്തോട്ട് രക്ഷപ്പെട്ടു ദുഞ്ഞാവിൽ ആരെങ്കിലും സാഹിദായോ എന്ന അള്ളാഹിന്റെ സവാബ് കണ്ടിട്ട് കണ്ട് കൊടുക്കാൻ കഴിയുന്ന ആളെന്തോ ഇത് പറഞ്ഞത് കഫലീദ ഇനി അതിന്റെപ്പുറം പോണമെന്ന് വായിച്ചു കുറച്ച് ഞാൻ ഒന്ന് പോരാ മൂന്ന് കാര്യം ഒരാളെ വിപിച്ചുകൂടിയാൽ ഈ മാന അയാക്ക് പരിപൂർണമായി എന്നാണ് പറഞ്ഞത് എന്തൊക്കെയത് മന്നമറവിൽ കാര്യം കൽപ്പിക്കണം ആ കൽപ്പിക്കുന്ന കാര്യം ഇവൻ ആദ്യം ചെയ്തോണായി പോണം വിനോദിക്കപ്പെട്ട കാര്യം ബലങ്കണം അത് ബലങ്കുന്ന വിഷയത്തിൽ ആദ്യം ആരായിരിക്കണം ഇവനായിരിക്കണം രണ്ടായില്ലേ എന്ത് വിഷയത്തിലും അന്നാന്നെ ഹർദ്ദം അത് കാത്തു സൂക്ഷിച്ച് ജീവിച്ചുകൊള്ളുക ഇത് പിന്നെ ചോദിക്കുന്ന നാലാതി ദുഃഖം എനിക്ക് കൂടുതൽ പറയാനുണ്ട് ഫുൽത്തു ബറ ഫക്കറ കുൻ ദുന്യാ ഗാഹിദ വകിന്നാഖിബ ഫിറാഹിമ വസ്ലഖില്ലാത്തി ജമീഉ മൗലിക തൻജുമാ അന്നാബി നീ ദുന്യാ ബൽ ഗാഹിദ ഐക്കോ ആഖിറത്തിൽ അഖിറഹ ഐക്കോ എന്ത് കാര്യത്തില് നീ റബ്ബിലോട് સાധിക്കായി കഴിഞ്ഞോടിക്കു വന്നാൽ ലക്ഷപ്പെട്ടാണോ കൊണ്ടത് നീ നടസൂന്നോർ തുംമ മലാബി നീ മൻ റുയല്ലാഹു വല്ലോർ പോയില്ല പക്ഷെ ആ പറഞ്ഞാ ഇപ്പം തിഞ്ഞിട്ടിണ്ട് അത് ആരാന്നെ ശരിക്കും ആ പറഞ്ഞ നേതാവാരും അപ്പോഴാണ് പറയുന്നത് ഇല തുക്കോട്ടി മഹസി എന്നാണ് ഹിതിമാ പറയുന്നത് ഈ ആഴത്ത് കേട്ടപ്പോൾ ബോധരഹിതനായി വീണ് തുമ്മയിലി പിന്നം മൂപ്പർ ചെയ്ത ഉപദേശം നോക്കി كاي فَيَدُلُّ ذَالِكَ عَلَى زُهْدِهِ وَخَافَةِ خَوْفِهِ إثر ما تر ما الله له قد يكونوا دائرون إثر ما تر زهد الله ورائغون إنك أرئته ولا يحسن هذا القوف والزهد إلا من معرفة الله عز وجل قدرت الله خوفهم زهدهم إبن الدين قال يقول لك روياكنا الله له كونوا معرفته قون ما قال إنما يخشى من عباده العلماء الله عنده خفيته وقال അവൻ അതിമകളഞ്ഞിന്നുള്ള ഉലമാ മാസ്ത്രമാറുന്ന ആയത്ത് പറഞ്ഞു വലം യസ്തഫീ ശാഫിഈ റജിയല്ലാഹു അൻഹു ഖൗഫന മൂപ്പർക്ക് അഷ്ടമാക്കി ഇന്ദാ ഈ സുഹ്ദിനയം മിൻ കിതാബിസ്സലമി വൽ ബിജാരതി വസാഇദുതുബിൽ കിതബീ സലമൻ ബിജാരത വ ബിഹാരിയാ അൻടെ വാബിൽ കൂടിയാണോ യബൂകൂതിന്നോ പറഞ്ഞു ബൽ ഹൗമിനൂമിൽ ആഹിറ അദ ഹൗമിനൂംൽ ആഹിറ നടതിയത് അദ ഇബ്ദൽ അൽ മുസ്തഹബജ തമിനൽ ഖുർആനി വൽ അഖബാരിന്നാണോ ഒപ്ര പിടിച്ചെടുക്ക് إذ فيكم النابرين والآخرين موعدتم فيهما قرآن والحديث عنده علم النابرين عنده علم الآخرين